പരമാത്മനി നമ അർജുന ഉചേ ുക്ത പവാസ് പരുപാസേ ഏാക്ഷരമൗ േ യോവിച മയ്യേശമനോ എമാുക്തവാസത്തെ ശ്രദ്ധയാ പരയോദ േ യുക്തമാമദ ഏത്ദേശ്യം അവ്യം പര്യുപാസദേ ബുദ്ധയാേ പ്രവമേ സർഭൂതഹിതേര ക്ലേശോധിഗതസ്താ അവ്യക്തസേത ിഗജതി ദുഃഖം ദേഹവിവാസ സർവാണി കർമാണി വഴി സന്യസ്യ മത്പരാ അനുവേന മാം വ്യയന്ത ഉപാസരെ ഹം സമുദ്ധർത്ത മൃത്യു സംസാരസാഗരാ ഭിരാ മയ്യവേചിതചേതസ മയേ വന ആദസ്വ മയി ബുദ്ധിം നിവേശയാവസിഷ്യസി മയേ അതൂർം ന സംശയ അതചിത്തം സമാനോഷി മയി സ്ഥിരം അഭ്യസോന തോ യാ അധ്യസേ സമർ മകരമോഭവമപണി കുറൻ സിദ്ധിമവാസി അതേതപ്യശക്സി കത്തോമാശ്രിതർമ്മഫലത്യാഗം തരുയത്മവാൻ ശ്രേയോ ഹി ജാനമ്യാ വിശിഷ്യത്തെ ജാ കർമ്മലയാഗാച്ചാതിരനന്തര അദ്ദേഷ്ടന മൈത്രകരുണേവച്ചരഹം സമദുഖസ സന്തുഷ്ടം യോഗീ യുഢനിശ്ചയ മയർമനോ ബുദ്ധി യോ മൽഭമേ പ്രി യോത്തി ലോക ോകാമോധി ജീച്ചയാർാമർഭയോ മുി അനപേക്ഷുജീക്ഷ ഉദാസീനോ ഗതവ്യത സർവരംഭപരിഗോൽഭക്തമേ പ്രി യോ നൃഷ്യതി നേട്ടി നോചതി നാക്ഷതി ശുഭുഭപരിഗിമാന്യ സമേ പ്രി തമശത്രുോച്ചിത്രേ സജാമാനയോ ശീതോഷസുഖദദുഃഖേഷ സമസംഗവിവർജിതന്ദ്സ്തുമൗനി സന്തുഷ്ടോയ കിത് അചേതസ്ഥിരമതീ ഭക്തിമാി നര അന്യേത്തുധർമ്യമൃതമ പര്യുപാസത്തെ തദ്ധാനമൽ പരമാ േമേ പ്രി ഓ തീ ശ്രീമദ്ഭഗവത്ഗീത ഉപനിഷ ബ്രഹ്മവിദ്യോസ്ജുനസംവാക്തിയോ നമ പന്ത്രണ്ടാം അധ്യായത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഭക്തി യോഗം ഭഗവാൻ എന്താണ് ഭക്തിയെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് പന്ത്രണ്ടാം യോഗ അധ്യായത്തില് പറയുന്നു ഇവിടെ നമ്മൾ പന്ത്രണ്ടാം അധ്യായത്തിലെ ഭഗവാൻ നമുക്ക് കാണിച്ചു ഒരു ഭക്തന്റെ ലക്ഷണമുണ്ട് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കേണ്ടതാണ് വട്ട് ഈസ് ഡിവോഷൻ ഹൂ ഈസ് എ റിയൽ ഡിവോട്ടി ഹൗ വിൻ ബിക്കം എ റിയൽ ഡിവോട്ടി പന്ത്രണ്ടാം അധ്യായം अर्जुन उचतयुक्ता भक्त स्वाम पर्युपा येमो व्यक्त के अर्जुन उवाच अर्जुन चोदिक ചോദിക്കുകയാണ് ഹെ കൃഷ്ണീപ്പിൾ എമംഗ് എന്ന് പറയുമ്പോഴേക്കും എന്തായി ഇവരിൽ എന്ന് പറയുമ്പോ നമ്മൾ ഇവരെന്ന് പറയുമ്പോ അവിടെ ഒരു കമ്പാരിസൺ വന്നു രണ്ട് ഗ്രൂപ്പ് വേണം അല്ലെ ഇവരെവിടെ പോകുന്നു ചോദിക്കുന്നത് ഇവരിൽ ആരാണ് അപ്പൊ ആർ ടു ഗ്രൂപ്പ് ഇവര് ഇവരിൽ കെ യോഗ വിത്തമാ യോഗ വിത്തമാ സംസ്കൃതത്തിൽ വിത്തമാന്ന് പറഞ്ഞാൽ സർവോത്കൃഷ്ട അതായത് ഇവരിൽ ആരാണ യോഗത്തിൽ ഉന്നതി നേടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഭക്തിയിൽ ഉന്നതനായ ശ്രേഷ്ഠന്മാര് ഏത് ഭക്തനാണ് ഏത് കൂട്ടനാണ് ഉയർന്ന ഭക്തന്മാര് ചോദിച്ച് ആരാണ് ആരൊക്കെ ഏ ഭക്ത ത്വാം പര്യുപാസദേ ഇവിടെ ത്വാം എന്നുള്ള ശബ്ദത്തിനർത്ഥം ഭഗവാനെ രൂപത്തോടുകൂടി കണ്ട് ഉപാസിക്കുന്ന ആളുകൾ ഭഗവാനെ ഏതെങ്കിലും വിഭൂതിയിൽ കണ്ട് ഉപാസിക്കുന്നവരെയാണ് ത്വാം നല്ല ശബ്ദത്തിലൂടെ സൂചിപ്പിക്കുന്നത് പിന്നെ വേറൊരു കൂട്ടരോ ഏ ഏട്ട അപ്പി അവ്യക്തം ഉപാസതേ അതാരാണ് അക്ഷരം അവ്യക്തം പറഞ്ഞാൽ അക്ഷരം രൂപമുണ്ടോ ഇല്ലയോ സൊർ ആർ സം പീപ്പിൾ ഹൂ ിൽ വർഷിപ്പ് വിട്ട് എനിക്ക് അപ്പൊ ആ കാലഘട്ടത്തിലും രണ്ടുതരം ഉപാസനകൾ ഉണ്ടായിരുന്നു ഇതിനെ വിളിക്കുന്നത് നിർഗുണോപാസനയെന്നും അറിയാലോ അപ്പൊ ഏതെങ്കിലൊക്കെ രൂപത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിന് സഗുണോപാസനയെന്നും തത്വത്തെ ഉപാസിക്കുന്നതിനെ ഒരാള് അന്യതാബോധത്തോടുകൂടിയുള്ള ഭക്തനാണ് മറ്റൊരാള് അനന്യബോധത്തോടുള്ള ഭക്തനാണ് ഇവരിൽ ആരാണ് ഏറ്റവും സുരക്ഷൻ ആരായിരിക്കും രൂപത്തോടുകൂടി ഉപാസിക്കുന്നവരായിരിക്കും രൂപം തത്വം ഉപാസിക്കുന്നവരായിരിക്കും ഉറപ്പാണല്ലോ കൺഫ്യൂഷൻ അല്ലല്ലോ തത്വത്തെ ഉപാസിക്കുന്നവരാണെന്നുള്ളത് ഉറപ്പാണോ ശരി ഭഗവാൻ പുത്ര നോക്കീ ഭ പയ്യപേശ്യമനോമ നിസദേ ശ്രദ്ധയാ പരയോദമാമദ തേ ആരെയാണ് ഭഗവാൻ ഇഷ്ടം മൈ ആവേശ മനോ ആരാണോ എ മൈ ആവേശ മനോ നിത്യുക്ത ഉപാസതേ നിത്യയുക്തമായി നിരന്തരമായ അഭ്യാസം ചെയ്ത് ഉപാസിക്കുന്നത് ആരിൽ മനസ്സിൽ വെച്ചിട്ട് ഭഗവാനിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് അർത്ഥത്തിലാ പറയുന്നത് ഇവിടെ ആത്മാവെന്നുള്ള അർത്ഥത്തിലല്ലേ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ രൂപവിശേഷത്തോടുകൂടിയിട്ടുള്ള എന്നിൽ ആരാണോ മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് ഉപാസിക്കുന്നത് എങ്ങനെയാണ് ഉപാസിക്കുന്നത് ശ്രദ്ധയാ അങ്ങനെയാണ് വളരെ ശ്രദ്ധയോടെ അവര് ഇന്നൊരു ദിവസം ശിവൻ കൃഷ്ണൻ അങ്ങനെ ഇല്ല നമ്മളെപ്പോലുള്ള ഭക്തിയല്ല അവർക്ക് അവരൊന്നിലുറപ്പിച്ചാൽ ഒന്നിലുറപ്പിച്ചു തന്നെ അവർക്ക് രാവിലെ ഒരു അമ്പലം ഉച്ചയ്ക്കൊരു അമ്പലം വൈകുന്നേരം വേറൊരു അമ്പലം ഈ ഭദ്രകാളിയും കൂടി തൊഴുതാലേ പൂർണ്ണമാവുള്ളൂന്നൊന്നും അവർക്കില്ലേ നമ്മളിപ്പോ ടെമ്പിൾ ഷോപ്പിംഗ് ഒന്നും അവർക്കില്ല ഏതെങ്കിലും ഒന്നിലുറപ്പിച്ചുകൊണ്ട് മയ്യ ആവേശിച്ച മനോയ്മ നിത്യുക്താവ ശ്രദ്ധയാ പരയോപേത അവർക്കറിയാം രൂപത്തെ അവര് പിടിച്ചു പരയോ ഉപേദ ആ രൂപവും വിട്ട് മുകളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് രൂപാതീതമായ തത്വത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് പരയോ ഉപേദ പരയോ എന്ന് പറഞ്ഞാൽ പരംന്ന് പറഞ്ഞാൽ ഇതിനും അപ്പുറത്ത് ഉപേതം എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക ഇതിനും അപ്പുറത്തുള്ളതിനെ പ്രാപിക്കാൻ വേണ്ടി ആരാണോ എൻ്റെ രൂപത്തെ വ്യക്തിയുക്തമായ ശ്രദ്ധയോടെ ഉപാസിക്കുന്നത് അവരെയാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരായിട്ട് തോന്നുന്നത് ഭഗവാനെ ഗീത മുഴുവൻ പറഞ്ഞങ്ങ് കൊളാക്കരുത് ഇതുവരെ അങ്ങ് ഞങ്ങൾക്കൊരു ആത്മാവാണ് ബോധം ഉണ്ടാക്കി തന്നു ഇപ്പങ്ങ് വീണ്ടും പറയുന്നു എന്റെ രൂപത്തിൽ മനസ്സുറപ്പിച്ചിരിക്കുന്നവരെയാണ് എനിക്ക് മറ്റുള്ളവരെക്കാൾ ഞങ്ങളെ കൺഫ്യൂഷൻ ആക്കരുത് ഞങ്ങൾ കുരുക്ഷേത്രം വരെ വന്നിട്ട് കഷ്ടപ്പെട്ടൊരു ബുദ്ധി ഉറപ്പിക്കാൻ നോക്കുമ്പോഴാണ് അങ്ങ് ഞങ്ങളുടെ ഞണ്ടിന്റെ സ്വഭാവം കാണിക്കരുത് എന്താ ഞണ്ടിന്റെ സ്വഭാവം ഒരാളൊന്ന് നേരെയാവുമ്പോൾ വിചാരിച്ചാൽ കാലു വിളിക്കുന്ന സ്വഭാവം ഞണ്ടിന്റെ സ്വഭാവം എന്ന് പറയും അതുകൊണ്ട് ഭഗവാൻ എന്തിനാണ് ഞങ്ങളെങ്ങനെ കൺഫ്യൂഷനാക്കുന്നത് ഞങ്ങൾ വാസ്തവത്തിൽ മനസ്സിനെ ശരിക്കും ഉറപ്പിക്കാൻ വന്നവരാണ് പക്ഷെ അങ്ങ് പറയുന്നു ആത്മബോധത്തിൽ മനസ്സുയർത്താൻ വന്ന ഞങ്ങളെ അങ്ങ് പറയുന്നു രൂപത്തിൽ ഉപാസിക്കുന്നവരെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോ തത്വത്തിൽ ഉപാസിക്കുന്നവരെ കാ കൂടുതൽ വേദ നല്ലതിപ്പോ കൺഫ്യൂഷൻ ആയോ ൂഷനായി ജീവിതം നമ്മള് സ്വയം വായിക്കുമ്പോ കൺഫ്യൂഷനാകും കാരണം ഭഗവാൻ പലപ്പോഴും കോണ്ടിഡിക് ചെയ്ത് പറയും അപ്പൊ നമുക്ക് അത്ര സൂക്ഷ്മബുദ്ധിയിലെങ്കിൽ ചിലപ്പോൾ നമ്മളതിൽ വീണുമോ ഈ പുരാണങ്ങളൊക്കെ വായിക്കുമ്പോഴല്ലോ നമുക്ക് ആചാര്യ ആ സമ്പർക്കമില്ലെങ്കിൽ പോയി അത് കാരണം നമ്മൾ വായിച്ചാൽ ഒരിക്കലും അർത്ഥാവില്ല നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വേറെ അർത്ഥം വരും ഒരാള് ഗീത വായിക്കാണ് കർമ്മണ്വ അധികാരാണ് അയനാട് വായിക്കുന്നത് കർമ്മണ് ധിക്കാരസ്തേന്ന് വെച്ചാൽ ധിക്കാരത്തോടുകൂടി കർമ്മം ചെയ്യണം എന്ന് ഭാര്യ പോകണ്ടാ പറഞ്ഞാലും ഞാൻ പോകും കാരണം ഗീതയില് ഭഗവാൻ പറഞ്ഞിട്ട് കർമ്മണ്യേ ധിക്കാരസ്തേന്ന് ധിക്കാരത്തോടുകൂടി കർമ്മം ചെയ്യണം ഇങ്ങനെ സ്വയം വായിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാക്കിയില്ലെങ്കിലേ അല്പതുള്ളൂ ക്ഷേത്രജ്ഞം ചാവി മാം ക്ഷേത്രത്തിന്റെ താക്കോല് ഞാനാണെന്ന് എന്തായിരിക്കും അർത്ഥം കെട്ടി നോക്കൂ മനസ്സിലായില്ലേ ഗീതഭൂണീഷായി മാറും ഇനി വരും തന്നെ പതിമൂന്നാമത്തെ ധേദിന് പറയല്ലേ ക്ഷേത്രക്യം ജാതി മാംവിദ്യ എന്ന് എല്ലാ ക്ഷേത്രത്തിന്റെയും താക്കോല് ഞാനാകുന്നു ഈ രീതിയിലൊക്കെ അർത്ഥെടുത്ത് കഴിഞ്ഞാലോ അങ്ങനെയൊക്കെ അർത്ഥ എടുത്തു പോകും ഒറ്റയ്ക്ക് വായിക്കരുത് എന്ന് അതുകൊണ്ട് ഏതെങ്കിലും നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇവിടെ ചോദ്യം എന്തായിരുന്നു പുട്ടു വേണോ ഇഡ്ലി വേണോ അല്ല ഇവിടെ ചോദ്യം രൂപത്തോടുകൂടി ഉപാസിക്കുന്നവരാണോ ദ ബെസ്റ്റ് തത്വത്തെ ഉപാസിക്കുന്നവരാണ് ഭഗവാന് യാതൊരു കൺഫ്യൂഷനും ഇല്ല ആർക്ക് വേണം തത്വവും ആരെയാണ് എനിക്കിഷ്ടം രൂപത്തെ ഉപാസിക്കുന്നവരാണ് ദ ബെസ്റ്റ് എന്ന് ഭഗവാൻ പറയുന്നത് അപ്പം അർജുനന് സ്വാഭാവിക ചോദ്യം ഉണ്ടാവും എന്തായിരിക്കും ചോദ്യം അവരാളെ ഏറ്റവും കൂടുതൽ ഇന്റലിജന്റ് പറയാ എന്തെങ്കിലും ചോദ്യം അർജുനൻ ഉണ്ടാവുമോ ആ മറ്റേ ഗ്രൂപ്പിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് തീർച്ചയായും അത് അവി ഈ തത്വം ഉപേക്ഷിക്കുന്നവരുടെ അവസ്ഥ എന്താണ് അറിഞ്ഞിരിക്കുന്നല്ലോ അപ്പം ഭഗവാൻ പറയാണ് അടുത്ത രണ്ട് ശ്ലോകത്തിൽ ഏത്വക്ഷരമനിർദ്ദേശം അവ്യക്തം പര്യുപാസദേഗമചിന്യം ചൂടമജലം ധ്രുവം േന്ദ്രിയ ഗ്രാമം സർവത്ര സമബുദ്ധയാ തേ പ്രാധ്യമാമേവ സർവഭൂതിദേദാ ഇനി ആരാണോ എ തു മീൻസ് ദോസ് എ നമ്മുടെ ശബ്ദത്തിനർത്ഥം ദോസ് ആരാണ് ദോസ് തീർച്ചയായിട്ടും അക്ഷരം അനിർദ്ദേശ്യം അവ്യക്തം സർവത്രകം അചിന്യം കൂടസ്ഥം നീ പറയണോ കിട്ടിയോ സർവത്രകം എല്ലായിടത്തും രൂപമുണ്ടോ കൂടസ്ഥം കൂടസ്ഥം എന്നുള്ള വാക്ക് എല്ലാ മാറ്റങ്ങളും ഏതിലാണോ നടക്കുന്നത് മാറാത്തതായ അത് അചലം ചലിക്കാത്തത് അതുപോലെ ക്ഷരം അക്ഷരമില്ലാത്തത് അവ്യക്തം ഒക്കെ മനസ്സിലാവില്ലേ എനിക്ക് വാക്കുകള് ഈ തരത്തിലുള്ള തത്വത്തെ ആരാണോ ഉപാസിക്കുന്നത് എങ്ങനെയാണ് ഉപാസിക്കുന്നത് ഭഗവാന് സംയമേന്ദ്രിയ ഗ്രാമം ഇന്ദ്രിയ ഗ്രാമങ്ങളെയൊക്കെ സംയമനം ചെയ്തു എന്ന് വെച്ചാൽ ഇന്ദ്രിയ നിന്നൊക്കെ അയാളുടെ മനസ്സിന്റെ ശ്രദ്ധ ഏതിലേക്ക് കൊണ്ടുവന്നു കൂടസ്ഥമായിരിക്കുന്ന അചലമായിരിക്കുന്ന സർവത്രകമായിരിക്കുന്ന അചിന്ത്യമായിരിക്കുന്ന അരൂപമായിരിക്കുന്ന തത്വത്തിൽ ഉറപ്പിക്കുക അയാള് എന്നിട്ടോ അയാളുടെ അവസ്ഥ എന്താണ് സർവത്ര അയാളുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ് എന്തു വന്നാലും അയാൾ ഇഡ്ലി സാമ്പാറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് കഴിക്കുന്നതാണോ പൊടിച്ചിട്ട് സമബുദ്ധി അങ്ങനെയാണോ അതിനർത്ഥം സമബുദ്ധി എന്ന് പറഞ്ഞാൽ അർത്ഥം അനുകൂലമായത് വന്നാലും അയാൾ രണ്ടിനെയും ഒരേപോലെ എടുക്കുവോ എളുപ്പമാണോ നിങ്ങളെ പുകഴ്ത്തി പറയണോ നിങ്ങൾ നല്ലൊരു മനുഷ്യനാണോ അല്ലെങ്കിൽ നല്ലൊരാളാണ് നിങ്ങൾ ഒരു സ്നേഹിക്കാനും എന്തും സഹായിക്കാനും കഴിവുള്ള ഒരാളാണെന്നൊക്കെ പറയുമ്പോ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സൊന്ന് നിറയോ എത്ര വൃത്തി ജന്തു എന്നിങ്ങനെ എല്ലാവരുടെ മുന്നിലും വെച്ചിട്ട് താല് ചീത്ത പറയുമ്പോൾ ഞാനെല്ലാം സമ്മതാവോ സമ്മതാവോ ഏവണമെന്നുള്ള മോഹൻഡ വിദേശത്തിന് സമ്മത്ത് അനുകൂലമായത് വന്നാലും രണ്ടും ഭഗവത് നിശ്ചയമായി സ്വീകരിക്കാനുള്ള അങ്ങനെയുള്ള ആളുകൾ അവരെന്താ എനിക്ക് പ്രിയങ്കരരാണോ ഏ അവര് അവരെന്നെ പ്രാപിക്കുന്നു ഈ തത്വത്തെ ഉപാസിക്കുന്നവരൊക്കെ ഈ സമബുദ്ധി നേടിയവരൊക്കെ ഭഗവാനെ പ്രാപിക്കുന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പൊ ആരാ ഉത്കൃഷ്ടരായിട്ടുള്ളവര് നിങ്ങൾ പറയൂ രൂപത്തെ ഉപാസിക്കുന്നവരാണോ ശ്രേഷ്ഠരായിട്ട് കാണേണ്ടത് തത്വത്തെ ഉപാസിക്കുന്നവരാണോ എന്താ വ്യത്യാസം രൂപത്തെ ഉപാസിക്കുന്നവര് എന്നെ ും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല ഭഗവാൻ വളരെ വ്യക്തമായി പറയുന്നത് തത്വത്തെ ഉപാസിക്കുന്നവര് ഏ എന്നെ പ്രാപിക്കുന്ന മനസ്സിലാവുള്ള അപ്പൊ തീർച്ചയായിട്ടും ഭഗവാൻ എന്നാ പിന്നെ അതെന്റെ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് ഭഗവാൻ എന്തുകൊണ്ടാ പ്രിയരല്ലാന്ന് പറയാൻ കാരണം നിക്ക് മനസ്സിലാവോ എന്തുകൊണ്ടാ ഭഗവാൻ ആദ്യം മറ്റവരെ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക endayikkum bhagavan satyate aadyam parayaada roopate upaasikunna vare paranjirikkada why he has given importance to the one who worshiped the idol all in the form of the lord adim avadnu thodakanam ennitta prathikeethanam adu undayirikka adu mathraano there is one more reason why bhagavan took the first പറഞ്ഞ ഉത്തരം കാരണം ഭഗവാൻ അത് പറയാൻ കാരണം തത്വത്തെ ഉപാസിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ അവരും ഭഗവാനും വ്യത്യസ്തരല്ല പിന്നെ ഇങ്ങനെ എനിക്ക് പ്രിയരാണെന്ന് പറയാൻ പറ്റുക പ്രിയരാണെന്ന് പറയണമെങ്കിൽ വേറൊരാളായിട്ട് കാണണം അപ്പൊ അർജുനന്റെ ചോദ്യതാണ് അങ്ങേക്ക് ആരെയാണ് അർജുനന്റെ ചോദ്യത്തിന് പെർഫെക്ട്ലി ഭഗവാൻ ഉത്തരം പറഞ്ഞു തുടക്കക്കാരെ എനിക്ക് പ്രിയരായിരിക്കുന്നത് കാരണം അവരെ അടുത്തേക്ക് ദ അതർ വൺ ഈസ് ഓൾറെഡി റീച്ച്ഡ് ആണ് ഞാനും അവരും ഒന്നായി കഴിഞ്ഞ എനിക്ക് പ്രിയരാണെന്ന് പറയാൻ പറ്റുമോ പ്രിയരാണെന്ന് പറയാൻ പറ്റുമോ മനസ്സിലാവേണ്ട നിങ്ങക്ക് നിങ്ങളെ പ്രസവിച്ച കുട്ടി ആ കുട്ടിയെ നിങ്ങൾ പ്രിയരാണെന്ന് പറയാൻ പറ്റുമോ കാരണം അത് സ്വന്തം കുട്ടി തന്നെയാണ് നേരെ മറച്ച് മകൻ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന കുട്ടിയാണെങ്കിലോ അതിനെ പ്രിയെന്ന് വേണമെങ്കിൽ പറയാം ആ എനിക്ക് ആദ്യത്തെ മകന്റെ എന്റെ മൂത്ത മകന്റെ ഭാര്യയോട് എനിക്ക് വളരെ കൂടുതൽ പ്രിയാണ് എന്ന് പറയുമ്പോ രണ്ടാമത്തതിനോട് അത്ര ഇന്ത്യ ഉറപ്പാണ് മകനോട് പ്രിയാണെന്ന് പറയാൻ പറ്റുമോ കാരണം മകൻ എപ്പോഴും മകൻ തന്നെയാണ് അത് തന്റെ താൻ തന്നെയായിട്ടാണ് കാണുന്നത് അതുമല്ലയോ ഇതുപോലെ തത്വത്തെ ഉപാസിക്കുന്ന ആളുകൾ ഉദാഹരണം ശരിയാണോന്ന് എനിക്കറിയില്ലേ ഞാൻ ഓരോരുത്തർ പറയുന്നു മാത്രം ഈ തത്വത്തെ ഉപാസിക്കുന്നവരെ കുറിച്ച് പ്രിയരാണെന്ന് പറയാൻ പറയുന്ന ആവശ്യമില്ല കാരണം അവരും ഭഗവാനും ഒന്നായിട്ട് അപ്പൊ വീണ്ടും അർജുനന് ഒരു ചോദ്യം വരും ആ ചോദ്യം എന്തായിരിക്കും അത് രണ്ടാമത്തെ ബെഞ്ചിലുള്ളവര് പറയാം അനദർ ക്വസ്റ്റ്യൻ കംസ് ഇൻ ദ മൈൻഡ് ഓഫ് അർജുന വാട്ട് ഈസ് ദാറ്റ് ഇപ്പൊ രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് രൂപത്തെ ഉപാസിക്കുന്നവരെ കൃഷ്ണൻ പറഞ്ഞു എനിക്ക് വളരെ പ്രിയമാണ് എന്നാ തത്വത്തെ ഉപാസിക്കുന്നവരുടെ കാര്യം അവരെന്നെ പ്രാപിക്കും ഈ തത്വത്തെ ഉപാസിക്കുന്നവരെങ്ങനെയാ പ്രാപിക്കുക അവർ ഏത് മനസ്സ് നേടിയിട്ടാ പ്രാപിക്കുന്നത് സമബുദ്ധി നേടിയിട്ടാണ് പ്രാപിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അർജുനന്റെ മനസ്സിലൊരു ചോദ്യം കൂടി വരും രണ്ട് ഉപാസന ഇല്ലാത്തവരുടെയോ ചോദ്യം അർജുനന് ഇല്ല നമ്മളൊന്നും അതിൽ പെടില്ലാന്ന് അർജുനൻ നമ്മള് ചോദ്യം വളരെ ശരിയാണ് നമ്മളതിന് രണ്ടിനും പെട്ടവരല്ല കാരണം ഒരു രൂപത്തിൽ ആദ്യം പിടിച്ചിട്ടില്ല പത്തും പണ്ടേ വിട്ടിരിക്കുന്ന രൂപം പിടിക്കുന്നവരാണ് അപ്പൊ ഈ ഗ്രൂപ്പിലൊന്നും കൺഫർമേഷനും ഇല്ല ഇല്ല വെയിറ്റിംഗ് ഇല്ല അത് പിന്നെ തേരാ പേറെ ഗതി തന്നെ എന്തെങ്കിലും റോഡ് ആ പറയൂ എന്തായിരിക്കും അർജുനന്റെ ചോദ്യം ചിന്തിക്കേണ്ടോ നോക്കട്ടെ ഗീത കേട്ടിട്ട് ബുദ്ധി വന്നോ നോക്കട്ടെ ഒരിക്കലും ഒരു ഷിപ്പില് കൊറേ ആളുകൾ യാത്ര ചെയ്യാൻ നിർഗുണോപാസന ആ ചോദ്യം കൊണ്ടുവരാം പക്ഷെ അതല്ല അർജുനന്റെ മനസ്സിൽ മീഡിയറ്റ് ഉണ്ടാവുന്ന ചോദ്യങ്ങൾ ഏ ഏ പ്രാപിക്കാൻ പറ്റില്ലേത് അപ്പോ അർജുനന്റെ ചോദ്യം മറ്റൊന്നാണ് എന്താ ചോദ്യം എന്നറിയോ അങ്ങനെയാണെങ്കിൽ അങ്ങയെ പ്രാപിക്കാൻ നിർഗുണോപാസനയിലൂടെയാണ് സാധിക്കുകയെങ്കിൽ ആ പിന്നെന്തിനാണ് ഈ സഗുണോപാസനയുടെ ആവശ്യം അങ്ങയിൽ എത്തിച്ചേരാൻ ഏഹ് കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നാണ് അങ്ങപ്പോ പറയുന്നത് പ്രാപ്നു വന്നി then why the polish people follow sagodovaasana ili thirchithir choodi undavoo undavillye manasira undadeke ninglu higher level leke chindikana these people can attain youth through nirgonaasana then why should people follow sagodovaasana no need of sagodovaasana undo swabhavike thir choodi undavillye undavillyo allekil mattu ree chindichaloo അങ്ങ് പറയണോ നിർഗുണോപാസന കൊണ്ടേ അങ്ങേ പ്രാപിക്കാൻ സാധിക്കുള്ളൂ ആർക്കാണ് ഹൂ നീഡ് സ ഗുണോപാസനം ഹൂ റിക്വെയർ നെർ സുണോപാസന ഐഡൽ വർഷിപ്പ് അതിന് ഭഗവാൻ അടുത്തതിൽ ഉത്തരം പറയാണ് ക്ലേശോസ്തേ അവസക്തേതാം ുഃഖം ദേഹവദ്ധിരവാൻ ഈ ശ്ലോകം നോട്ട് ചെയ്ത് വെക്കണം ഇതാണ് സഗുണോപാസനക്ക് ഭഗവാൻ പറയുന്ന കാരണം വൈ പീപ്പിൾ റിക്വയർ ഐഡിൽ വഷീ ബിക്കോസ് ദേ ഹാവ് സം പ്രോബ്ലം എന്താ കാരണം അവർക്ക് എന്താ പ്രശ്നമുള്ളത് ദേഹവദ്ധി അവരൊക്കെ ദേഹവദ്ധി ദേഹവദ്ധി എന്ന് ബോധം അവർക്ക് നല്ലോണം ഉറച്ചിരിക്കുന്നു അതായത് ദേഹത്തിന്റെ പ്രശ്നങ്ങളോ ദേഹവുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെയോ വ്യക്തികളുടെയോ പ്രശ്നങ്ങൾ അവരുടെ മനസ്സിനെ അലട്ടുന്നുണ്ടെന്ന് ദർ മൈൻഡ് ഇസ് അറ്റാച്ച്ഡ് ടു ദയർ ബോഡി ആർ ദോസ് പീപ്പിൾ ഹു അറ്റാച്ച് ടു ദ അപ്പൊ മൈൻഡ് എപ്പോഴും എക്സ്റ്റേണലി കൂടുതൽ ഭൗതിക തലത്തിൽ കൂടുതൽ അറ്റാച്ച്ഡ് ആണ് അതിനെയാണ് ദേഹവദ്ധി എന്ന് പറയുക മനസ്സ് തീരെ സ്വസ്ഥമില്ലാത്ത ശരീരബോധ പ്രശ്നങ്ങൾ ശരീരത്തിന്റെ പ്രശ്നങ്ങൾ ശരീരവുമായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ശരീരം കൊണ്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ശരീരം കൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ എൻഡാംഗിൾ ആയിരിക്കുന്നൊരു മനസ്സ് അതിനെയാണ് ദേഹവദ്ധി ഈ ദേഹവധിയായിട്ടുള്ള ആളുകൾ അവ്യക്ത ആസക്ത ചെയ്ത അവരുടെ മനസ്സിനെ അവ്യക്ത ആസക്തം അവ്യക്തമായതിലേക്ക് ആസക്തമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ക്ലേശോ അധിക തരാ മനസ്സിലാവൂ എന്താണ് അവർക്ക് വളരെ ക്ലേശം കാരണം അവരുടെ മനസ്സൊരിക്കലും കോപ്പറേറ്റ് ചെയ്യില്ല ഒരു ഭാഗത്ത് ഒട്ടി മനസ്സിനെ അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഇതേതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയോട് ഒട്ടി നിൽക്കുന്നൊരു കുട്ടിയെ ഒരു വേറൊരാൾ വന്ന് വിളി ആ കുട്ടി പോവോ ഇതുപോലെ വളരെ പ്രയാസമാണ് ഇതുപോലെ ഇവരുടെ മനസ്സ് ശരീരബോധത്തിൽ അത്രയും ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് അതിനെ പിടിച്ച് തത്വത്തിലേക്ക് പെട്ടെന്ന് ഉയർത്താൻ സാധ്യല്ല അങ്ങനെ അവർ ഉയർത്തിയാൽ തന്നെ അവ്യക്താഹി ഗതിർ ദുഃഖം അവർക്ക് എന്താ കിട്ടുക ദുഃഖം കിട്ടും നോക്കൂ നമ്മുടെ ഭാരതത്തിന്റെ ഒരു വലിയൊരു പ്രത്യേകത എന്താന്ന് ഇസ്ലാം മതത്തിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാവരും നിർഗുണോപാസന ചെയ്യണമെന്നാണ് അല്ലേ അവർക്ക് രൂപമില്ല അവർക്ക് മുസ്ലിങ്ങൾക്ക് എല്ലാവരും അവരതിന് യോഗ്യരാണോ അല്ലേന്നൊന്നുമില്ല നിങ്ങൾ അത് ചെയ്തുകൊള്ളണം എന്നാണ് പക്ഷേ ഭാരതീയ ഋഷീശ്വരന്മാരുടെ ഒരു മഹത്വം നോക്കൂ നിങ്ങൾ നിങ്ങൾ ഏതിന് കോംപിറ്റൻ്റ് അല്ലയോ അത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയും എത്തില്ല സോ യു ഷുഡ് നോ യുവർ വീക്ക്നെസ് എന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീര പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ടവരുടെ ചിന്തകൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ തത്വത്തെ ഉപാസിക്കാൻ തുടങ്ങരുത് ആയിട്ടില്ലേ യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദാറ്റ് അപ്പൊ എവിടുന്ന് തുടങ്ങണം അപ്പൊ ആർക്കാണ് രൂപോപാസന വേണ്ടത് ശരീരത്തിന്റെ തലത്തിൽ നിന്നും ശരീരവുമായി ബന്ധപ്പെട്ടവരുടെ തലത്തിൽ നിന്നും മനസ്സിന്റെ ശ്രദ്ധ തിരിക്കാൻ അവർക്ക് എന്ത് വേണം ഒരു രൂപം വേണം ക്ലിയറാണോ ഇത് വളരെ ഉറപ്പിച്ചു വെക്കണേ നമ്മൾ ഈ പലപ്പോഴും പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോഴല്ലോ തത്വത്തെ കൂടുതൽ കേൾക്കുമ്പോ നമുക്ക് തോന്നും രൂപങ്ങളൊന്നും വേണ്ട നമുക്ക് തോന്നും ആദ്യം മുതൽ എവിടെ തുടങ്ങാം പണ്ടൊരാൾക്ക് അങ്ങനെ ഒരു തോന്നല് തോന്നി ഒരു സന്യാസിൽ എടുത്ത് എന്നിട്ട് പറഞ്ഞു എനിക്ക് ശക്തി കിട്ടണം എന്ത് വേണമെന്ന് ഉപാസന ചെയ്യൂ എന്താ ഉപാസന ചെയ്യേണ്ടത് എനിക്ക് അറിയില്ലല്ലോ ഒരു വിഗ്രഹം എടുത്തു കൊടുത്തു ഈ വിഗ്രഹത്തിന് ശക്തി ഇട്ടു പിന്നെ ഈ വിഗ്രഹമാണ് നിങ്ങൾക്ക് ശക്തി തരിക എനിക്ക് ഈ വിഗ്രഹമാണ് ശക്തി തന്നത് അദ്ദേഹം വിഗ്രഹം കൊണ്ടുപോയി വീട്ടില് അദ്ദേഹം പറഞ്ഞുകൊടുത്ത പൂജാവിധികളൊക്കെ ചെയ്തു നല്ലവണ്ണൊക്കെ തടിച്ച് വൃത്തിയാക്കി അവിടെ കൊണ്ടു വിഗ്രഹം അവിടെ കുറച്ച് പാലും പഴമൊക്കെ കൊണ്ടുവയ്ക്കും ഒരു മലര് അതിലൊക്കെ ഇയാള് പൂജ ചെയ്യാൻ തുടങ്ങും കൃഷ്ണായനമാ അച്യുതായനമാധവായനമാ രാമായനമാ ഇതൊക്കെ ഇങ്ങനെ ജപി കണ്ണടച്ചു കൊണ്ട് ജപിച്ച് കണ്ണു തുറക്കുന്ന സമയത്ത് ഇയാള് കാണുന്നൊരു കാഴ്ച ഒരു എലി വന്നിട്ട് ഈ പഴവും അവിലൊക്കെ കഴിക്കുന്നതാണ് അപ്പൊ ഇയാളുടെ മനസ്സിലൊരു ചിന്ത വന്നു ഈ ദൈവത്തിനേക്കാളും ശക്തി എലിക്കല്ലേ കാരണം അദ്ദേഹത്തിന് വെച്ചിരിക്കുന്ന അവലും മലരും ഒക്കെ അവര് കഴിക്കലി കഴിക്കണമെങ്കിൽ ദൈവത്തിന്റെ തടയാൻ പോലും ശക്തിയില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് ശക്തിയാണ് തിരികയാള് ഒരു എലിയെ പോലും എടുക്കാത്ത ദൈവമാണ് എനിക്ക് ശക്തി തരുന്നൊരു എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ചെയ്തു ഈ വിഗ്രഹത്തേക്ക് എടുത്തിട്ടൊരു കുളത്തിൽ കൊണ്ടു എന്നാൽ അയാൾക്കൊരു അറിവ് കിട്ടി ഈ വിഗ്രഹത്തെക്കാൾ ശക്തി എലിക്കില്ലല്ലോ നാളെ മുതലാവുപാസന ആവട്ടെ എലിയുടെ മാളൊക്കെ വൃത്തിയാക്കി അവിടെ ഒരു പോലെ കൊട്ടു ഒരു മാലയൊക്കെ തയ്യാറാക്കി അവിടെ തുടങ്ങി ഓ മൂഷിക ആയതമാ ഗണപതി വാഹനനായതമാ ഗണപതി വാഹനയൊക്കെ വിളിച്ച് അദ്ദേഹം പൂജ തുടങ്ങി അവരും പഴമൊക്കെ വെച്ചു സാധനങ്ങളൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇരിക്കും മനസ്സിലായി ഇയാൾ ഉപദ്രവകാരിയല്ല ക്ഷണിയിലാക്കണം എന്ന ആളല്ല പഴം കഴിക്കും പാല് കഴിക്കും ഇയാളൊരു പൊട്ടൊക്കെ തൊട്ട് കൊടുത്ത് തിരികെ പറഞ്ഞേക്ക് ഇതൊന്നും ആ വീട്ടിലെ അമ്മിണി പൂച്ചക്ക് തയിച്ചില്ല അമ്മിണി പൂച്ച ഇതൊക്കെ നോക്കി നിൽക്കായിരുന്നു ഇത്രയും കാലം എന്റെ ജന്മശത്രു ഈ വഴിക്ക് വന്നാൽ ഇയാൾ തല്ലി ഓടിക്കുന്ന ആളായിരുന്നു ഇപ്പൊ കട്ടില്ലേ പൂജിക്കുന്നു വിട്ടുകൊടുക്കാൻ പാടില്ലയാണ് ഞാനിവിടെ ഒരു കരുത്തനായിട്ടുള്ള ഒരാളിരിക്കുമ്പോൾ ഈ പൊട്ടൻ വന്ന ഇവിടെ പൂജ അനുഭവിക്കെ ശരിയൊക്കെ തരാം പിറ്റേ ദിവസം എലി വരുന്നു പഴം കഴിക്കുന്നു ഇയാളെ കണ്ണടച്ചതും പൂച്ച വീഴലും കടിക്കലും തൂക്കേ കയറും അത് തടഞ്ഞു ഞത്ത് വീണു ഇയാളെ നോക്കുമ്പോണ്ട് എലിയുടെ കരച്ചില് പെട്ടെന്ന് ഇയാളെ ചാടി എണീറ്റു താൻ പൂജിക്കുന്ന ശക്തിയാണ് ദൈവമാണ് പോയിരിക്കുന്നത് പക്ഷെ ഇയാൾക്ക് സങ്കടം തോന്നിയില്ല ചക്കെ മനസ്സിലായി ഈ എലിയൊക്കെ ആള് ശക്തി പിറ്റേ ദിവസം വൃത്തിയാക്കി അതിന്റെ നെറ്റിയിൽ പൊട്ടൊക്കെ തൊട്ട് കൊടുത്തു ഒരു മാലയൊക്കെ ചാർത്തി ഓം മാർജാരായ നമ മൂഷികവാഹന ശത്രുവായ നമ എന്റെ മന്ത്രകള് അതിനെ പൂജ ചെയ്യാൻ തുടങ്ങി പൂജയ്ക്ക് പാലും കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങി പൂജയ്ക്ക് തറക്കളില് സന്തോഷമായി പലകളും വലിയ കാരണവരെ പോലെ ഇങ്ങനെ ഇരിക്കും അതിന്റെ തൊട്ട് കൊടുത്തു അയാള് പൂജയൊക്കെ തുടങ്ങി ഇങ്ങനെ പൂജകളൊക്കെ അനുഭവിക്കുന്ന സമയത്ത് വീട്ടിലെ റോസി പട്ടിക്ക് അതങ്ങോട് പിടിച്ചില്ല പോകുന്ന സമയ വലത്തൂടെ പോവാത്തൊരു സാധനമാണ് ഇപ്പൊ നല്ല ഗമേലിങ്ങനെ ഇരിക്കണോ ഒരു ദിവസം ഇയാള് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഓടിച്ചൊല്ല പട്ടി കഴുത്ത് പിടിക്കുന്നു അതിനൊരു തോക്കിയത് അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യക്കു വന്ന ഒരു നിമിഷം കാരണം പൂജിക്കുന്ന ദൈവത്തിനാ പറ്റേണ്ടത് അദ്ദേഹത്തിന് തോന്നല് തോന്നി എന്താ ഈ ദൈവങ്ങളൊക്കെ അങ്ങനെ ശക്തി കുറഞ്ഞു വരുന്നുള്ളല്ലോന്ന് പക്ഷെ എന്നാലൊരു കോൺഫിഡൻസ് ആർക്കുണ്ട് ശക്തി പിറ്റേ ദിവസം പൂജിക്കാൻ തുടങ്ങി ഓർറോസി ആയെന്ന ഏ ധർമ്മപാലകായെന്നമാ ഗൃഹപാലക എന്നമാന്നൊക്കെ പറഞ്ഞ് പൂജ തുടങ്ങി അങ്ങനെ പൂ ഈ പട്ടിയെ പൂജിച്ച് നല്ലവണ്ണൊക്കെ വൃത്തിയെക്കി പട്ടിക്ക് സന്തോഷമായി പട്ടിയും ഗമേനൊക്കെ അങ്ങനെ ഒരു ദിവസം മഴ പെയ്തപ്പോ ഭാര്യയ്ക്ക് തീരെ കണ്ടുപിടിയ ഈ പട്ടിയെ ഭയങ്കര അലർജിയാ മുറ്റത്ത് വെച്ചേ പൂജ ചെയ്യാൻ ഒരു ദിവസം മഴ പെയ്തതും ഇയാള് വരാന്തയിലേക്ക് പട്ടി കയറ്റി പൂജ നടത്തണല്ലോ പട്ടി അവിടെ രോമൊക്കെ കൊഴിച്ചതും ഭാര്യയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു ഒരു ചൂലിടുത്തുകൊണ്ടുവന്നു ഇയാള് ധ്യാനത്തിന് ഇരിക്കുമ്പോ കോലയ്ക്ക് വന്ന് പട്ടി വേദന അടിച്ചിട്ട് ഒറ്റത്തേക്ക് ഓടുന്നു അയാൾക്ക് ഭയങ്കര ദേഷ്യം വന്നു ഭാര്യയോട് കാരണം ദൈവത്തിനാണ് അടി കിട്ടിയിരിക്കുന്നത് പട്ടിയായിട്ടല്ല കാണുന്നത് അയാള് ദൈവതുല്യമായിട്ടാണ് കാണുന്നത് പക്ഷെ ഒരു നിമിഷം കൊണ്ട് അയാൾക്ക് ബുദ്ധി വന്നു പക്ഷിയേക്കാളും ശക്തിയാർക്കുണ്ട് ഭാര്യയ്ക്കുണ്ട് വിഷമ തോന്നിയില്ല ഭാര്യയെ കുളിച്ചു വന്നു കഴിഞ്ഞാൽ ചൂളിലിരുത്തും ഒരു പൊട്ട് തൊടിപ്പിക്കും മാലടിപ്പിക്കും ഇപ്പം കല്യാണി ആയിരുന്ന ധർമ്മഭക്തിയായി പറഞ്ഞിട്ട് ഭാര്യയെ പൂജിക്കാൻ തുടങ്ങി ഭാര്യയ്ക്ക് തോന്നി തരക്കടിയില്ല പരിപാടികളൊക്കെ ഇതുപോലെ ഇതുപോലെ ഒരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി എപ്പഴാസാണ് ഇങ്ങനെ പൂജിക്കുന്ന ഒരു ഭർത്താവിന് എന്തോ ജന്മാന്തര സുഹൃതം കൊണ്ട് കിട്ടിയതാണ് ഏതായാലും ഭാര്യ പൂജയ്ക്ക് അനുഭവിക്കാൻ തുടങ്ങിയപ്പോ ദിവസം ഇയാൾ ഈ ഭാര്യ പൂജയ്ക്ക് പാലെടുത്ത് വെക്കണം തിളപ്പിച്ചിട്ടേ വെക്കാൻ പാടില്ല തിളപ്പിക്കാത്ത പാലേ വെക്കാൻ പാടുള്ളൂ എന്ന് പച്ചപ്പാലേ പൂജയ്ക്ക് ഉപയോഗിക്കൂലെ കാരണം പട്ടിക്കും പൂജയ്ക്ക് അതൊക്കെ അല്ലെ ഒരു ദിവസം പാലറിയാതെ ഭാര്യ തിളപ്പിച്ചു അങ്ങനെ പൂജിക്കുന്ന സമയത്ത് ഇയാള് പാട കെട്ടിയിട്ടുണ്ട് ഞങ്ങളെ ഭാര്യയോട് നീ അത് തിളപ്പിച്ചു തോന്നു അത് അറിയാതെ പറ്റിയിരുന്നു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അറ്റിയുടെ കൊടുത്തു അത് അറിയാനും അടിയൊക്കെ കഴിഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് വലിയ വിഷമമായി ദൈവത്തിനെ അല്ലേ തല്ലിയിരിക്കരുത് ദൈവത്തിനെ പാടില്ലല്ലോ പക്ഷെ അപ്പോഴേക്ക് ഇയാൾക്ക് ബുദ്ധിയും വന്നു എന്താണ് ഭാര്യയെക്കാളും ശക്തി തന്നിലാണ് ജാനമനുഷ്യൻ അപ്പൊ തന്നിൽ ശക്തിയുണ്ട് അറിയണമെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം വിഗ്രഹത്തിൽ തുടങ്ങി ഭാര്യയിലൂടെ തന്നിലേക്ക് അപ്പം ആർക്കാണ് വിഗ്രഹത്തിന്റെ ആവശ്യം ആർക്കാണ് ഭാര്യ തല്ലുന്നവർക്കോ ആർക്കാണ് ദേഹബോധം ഉള്ളവർക്ക് എന്ത് വേണം ഈ രൂപങ്ങളിൽ നിന്ന് തുടങ്ങണം ഭാരതീയ ഋഷിശരന്മാര് നാം എവിടെ നിൽക്കുന്നു അവിടെ നിന്ന് തുടങ്ങണം എന്ന് പറയുന്നവരാ എവിടെ എത്തണം പറയുമ്പോഴും ആദ്യം അവരൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അറിയണം വേർ യു ആർ സ്റ്റാൻഡിംഗ് അൺലസ് ന്യൂ നോ വേർ യു ആർ there you are if you don't know you cannot lift your mind as it is apo ningal padi padi ayittu venam manasini uyarthal adalle padiyathu padiyarum kadan avidellumbol we nammal padan urangitte kore kalay avade chenna shivan undu illu ennallo samkarilla undo karena onavatha padilil ninna ആറാമത്തെ പടിയിൽ എത്തുമ്പോഴല്ലേ ഇത് പാടാൻ തുടങ്ങിയൊരു കാലത്ത് ഇത് അപ്പൊ ഒരു പടിയിൽ നിന്നും എന്നാ ഇനി പറയപ്പോ പറയാ പടി മൂന്നും കടന്ന് അവിടെ ഞാൻ മൂന്ന് പടി കടന്നു ഇനി എനിക്ക് മൂന്ന് പടിയും കൂടി ഉള്ളു അല്ലേ പടി ആറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാമോ എപ്പോഴും നിൽക്കുന്നത് ആദ്യത്തെ പടിയിൽ തന്നെയാണ് ആ പടിയിൽ നിന്ന് ക്രമേണ ക്രമേണ ഉയരണം അപ്പൊ എന്നും വിഗ്രഹത്തെ പിടിച്ചു വെക്കേണ്ട ആവശ്യം എത്ര കാലം വരെ വേണ്ടിവരും വിഗ്രഹം എത്ര കാലം വരെ വേണ്ടി വരും പുറകിലുള്ളവർക്ക് ഉത്തരം പറയാൻ പറ്റുമോ ഇവിടെ ആരും ഉത്തരം പറയരുത് ഏ മനസ്സ് പ്രസന്റിലേക്ക് തിരിയുന്നത് വരെ ഞാൻ പ്രസന്നതയിലേക്ക് തിരിയുന്ന ഓക്കെ ദേഹ വ്യക്തിമാനം വിടുന്നത് വരെ ഇത് നമുക്ക് എങ്ങനെ അറിയാതൊക്കെ വിട്ടു എന്നുള്ളത് പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റില്ല പിന്നെ എന്നാൽ ഭഗവാൻ പറയുന്നു എത്ര കാലം വെടിവരുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കാലം കൊണ്ട് നിങ്ങൾ സമബുദ്ധി നേടിയെടുക്കുന്നോ അത്ര കാലം നിങ്ങൾക്ക് ഐഡൽ വർഷിപ്പ് വേണം ആസ് ലോങ് ആസ് യു ഡെവലപ്പ് ബാലൻസ്ഡ് മൈൻഡ് ടിൽ ദൻ യു റിക്വയർ ആൻ ഐഡൽ വർഷിപ്പ് മനസ്സിലാവുണ്ടല്ലോ അപ്പൊ നമ്മള് ഈ ഐഡൽ വർഷിപ്പ് കൊണ്ട് നേടിയെടുക്കേണ്ടത് എന്താണ് അതിനാണ് നമ്മൾ സെൻട്രലൈസ് ഭഗവാനെ നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചു വെച്ചാൽ കഴിഞ്ഞു പോയതും ഭഗവാനെ അങ്ങേയടിച്ച വരാൻ പോകുന്നതും അങ്ങേയടിച്ച ഞാൻ രണ്ടും സ്വീകരിക്കുന്നു എന്ന് പറയുമ്പം ഈ ഭഗവാനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാലൻസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേഗം അത്തരത്തിലുള്ള കാര്യങ്ങൾ സാധിക്കും നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലോ നിങ്ങൾക്ക് ഒരു എക്സ്ക്യൂസ് ഉണ്ട് ആരെങ്കിലും എന്തെങ്കിലും പിരിവിന് വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഇവിടെ ഇല്ലേട്ടോ ഹസ്ബൻഡ് പാപ അറിയും കൂടി ഇല്ലേ കാര്യം അപ്പൊ ആരിലേക്ക് വിട്ട് നിങ്ങള് ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് തരാം കേട്ടോ ഹസ്ബൻഡ് എന്നാ പറയാൻ അറിയില്ല അദ്ദേഹത്തിന് താൽപ്പര്യം ഇല്ലാന്ന് തോന്നണോ എന്നൊക്കെ ഹസ്ബൻഡിനൊന്നും അറിയണ്ടാവില്ല പക്ഷെ ആരെ വെച്ചിട്ട് നമ്മള് ബാലൻസ് ചെയ്യും ഉണ്ടോ ഇല്ലയോ എന്താ നിങ്ങൾ ഉത്തരം പറയാത്തത് അവ ഇത്രയും മാനേജ്മെന്റ് നിങ്ങക്ക് സാധിക്കുമെങ്കിൽ പിന്നെ ഭഗവാനെ വെച്ച് മൈൻഡ് മാനേജ്മെന്റ് സാധിക്കില്ലേ ക്ലിയർ ആണോ നിങ്ങക്ക് അപ്പൊ നമ്മൾ ഭഗവാനെ വെച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞതിനെയും വരാൻ പോകുന്നതിനെയൊക്കെ ആരിൽ ആക്ടിബ്യൂട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു രൂപം അപ്പം ചോദിക്കാണ് എങ്ങനെയൊക്കെയാണ് അത് സാധിക്കുക ഭഗവാനെ അപ്പം ഭഗവാനെ ഉത്തരം പറയണംയസ്യ അനന്യ മാംന്ത ഉപാസദേ കെ സർവാണി കർമാണി സർവാണി എന്നു വെച്ചാൽ സർവാണി എന്ന് പറഞ്ഞാൽ അത് ഏതാണ് സർവാണി മീൻസ് ഓൾ കർമാണി മീൻസ് എല്ലാ കർമ്മങ്ങളും മൈസന്യസ്യം എന്നിൽ സന്യസ്സി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ വാക്കുകൾ നിങ്ങൾ ഓർത്തുവെക്കണം ഇത് കാതലാണ് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ഉടനെ നമ്മളോട് പറയണം ഞാനല്ല ചെയ്യുന്നത് ഇത് ഭഗവാൻ എനിക്ക് തന്നൊരു അവസരമാണ് ഇത് നമ്മൾ പറഞ്ഞു പരിശീലിക്കണം ദിസ്ഇസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഗിവൺ ബൈ ലോ അങ്ങനെ നമ്മൾ ഈശ്വരൻ തന്നിരിക്കുന്ന ഇത് ഞാൻ ചെയ്തതല്ല അയാമോളിയൻ ഇൻസ്ട്രുമെന്റ് ഇത് നമ്മൾ പറഞ്ഞ് പരിചരിക്കുകയാണെങ്കിൽ എല്ലാ കർമ്മങ്ങളും നിങ്ങൾ ആരിലർപ്പിച്ചു അപ്പൊ ഭഗവാൻ ഏൽപ്പിച്ചതാണെങ്കിൽ ഹൗ വി ഡു ദാറ്റ് ആ നമ്മളതിനെ സെൻസിയറായി ആത്മാർത്ഥമായി വളരെ പ്ലീസിംഗോട് കൂടിയിട്ട് നമ്മൾ അതിനെ ചെയ്യുമ്പോൾ പ്രശ്നം എവിടെയാ വരുന്നത് നാം ചെയ്തു കഴിഞ്ഞാലും ഒരു നമുക്ക് വേണ്ടത്ര അപ്രിസിയേഷനും റെക്കഗ്നേഷനും ആളുകളൊന്നും തന്നോളുന്നില്ല അപ്പൊ നമുക്കൊരു ഡെസ്പെഷൻ വന്നു ഞാൻ ഇത്രയൊക്കെ ആത്മാർത്ഥ കാണിച്ചിട്ടും വേണ്ടത്ര എന്നെ ആരും ആദരിക്കുന്നില്ലല്ലോ നോക്കൂ നിങ്ങൾ പ്രായം കൂടുന്തോറും നമുക്ക് റെക്കഗ്നീഷൻ നമുക്ക് വേണം പക്ഷെ നമുക്കാരും പ്രായം കൂടുന്തോറും റെസ്പെക്ട് വേണം പക്ഷേ റെസ്പെക്ട് കിട്ടൂല്ലയോ ആ വയസ്സായുള്ളവരോട് മാറി നിൽക്കാൻ പറയൂ നമ്മളീ ആയിരിക്കും നമ്മളെ വലിയ കാര്യമായിട്ട് പരിഗണിക്കുന്നുള്ളത് നമ്മളൊരാൾക്കും വേണ്ട പ്രത്യേകിച്ച് വയസ്സാകും തോറും നിങ്ങളൊരു ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യണ സമയത്ത് നമ്മളെ കാണുന്ന സമയത്ത് പണ്ടൊക്കെ സീറ്റ് ഒഴിഞ്ഞു നിങ്ങളുടെ കൂടെ ഒരു പ്രായമുള്ളവരൊന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു ഒരു ചെറുപ്പക്കാർ പതിനാറ് വയസ്സുള്ള ചെറുപ്പ പത്തിരുപത് വയസ്സുള്ള ചെറുപ്പക്കാരി ഉണ്ട് നിങ്ങളും ഉണ്ട് രണ്ടുപേരും ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആർക്കാവും വീഗ് എണ്ണീറ്റ് കൊടുക്ക സംശയല്ലേ ത്തെ സമൂഹം എന്ന് പറയുന്നത് നമ്മള് ആർക്കും വേണ്ടാത്തൊരു കാലം പണ്ടിത്തിരി റെസ്പെക്ട് ഉണ്ടായിരുന്നു വയസ്സായുള്ളവരെ കാണുമ്പോൾ മുത്തശ്ശി ഇരിക്കൂന്നൊക്കെ ഇന്നിപ്പോ മുത്തശ്ശിമാരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ വേണ്ടാത്തൊരു കാലം നോക്കൂ സത്യമല്ലേ ഈ പറയുന്നത് അപ്പൊ നമുക്ക് പലതും വേണം പക്ഷെ നമുക്കതൊന്നും അപ്പൊ സ്വാഭാവികമായും ലൈഫിനോടൊരു അടുപ്പ് വരും വെറുപ്പ് വരും എന്നാൽ നമ്മള് കിട്ടുന്നതൊക്കെ ഭഗവത് ചെയ്യുന്നതൊക്കെ ഭഗവത് നിയോഗമായും കിട്ടുന്നതൊക്കെ ഭഗവത് പ്രസാദമായിട്ടൊക്കെ സ്വീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മാനസികമായി കൂടുതൽ കൂടുതൽ മനസ്സിലായി നമ്മുടെ പ്രതീക്ഷകൾ കുറഞ്ഞ വരും നമ്മുടെ ശക്തി കൂടി വരും ഉണ്ടാവില്ലയോ ഇങ്ങനെ നമ്മൾ പരിശീലിക്കുന്നതിനെയാണ് സർവാണി കർമാണി മൈ സന്യസ്യ ഏതെങ്കിലും ഭഗവാൻ പറയുന്നു അനന്യേനൈവ യോഗേന മാം ധ്യായന്ത എന്നെ എങ്ങനെ ധ്യാനിക്കണം അനന്യമായിട്ട് അപ്പൊ ഈവൻ വിഗ്രഹത്തെ ധ്യാനിക്കുമ്പോഴും നമുക്ക് ഈ ബോധമുണ്ടാവണം വിഗ്രഹം ഞാൻ മനസ്സിൽ വച്ചിരിക്കുന്നത് എന്റെ മനസ്സിന് സമബുദ്ധിയിലേക്ക് നേടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഭഗവാൻ എന്ന് പറയുന്നത് ഞാനും ഭഗവാനും അനന്യര അന്യരല്ല എന്നുള്ള ബോധത്തോടുകൂടി അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഭഗവാനെ ധ്യാനിക്കുമ്പോൾ നമ്മള് ഈ അനന്യബോധം ഉറപ്പിക്കണമെന്ന് പറയാണ് മനസ്സിലാവുണ്ടല്ലോ അപ്പൊ അറിവോടുകൂടി വേണം ആരെ ധ്യാനിക്കാൻ ഭഗവാന് ഈഫ് യു ഡു ദ മെഡിറ്റേഷൻ വിത്ത് നോളജ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് മെഡിറ്റേഷൻ ടേക്ക് യു ടു ദി റിയാലിറ്റി ടു ദ്രൂത്ത് അല്ലാത്ത മെഡിറ്റേഷൻ ഒക്കെ ഉണ്ടല്ലോ നമ്മൾ അതിന് സ്റ്റക്കപ്പ് ആക്കും അതുകൊണ്ടാണ് ആളുകൾ കൃഷ്ണനെ ഭജിക്കുന്ന ആളുകൾ കൃഷ്ണൻ അതിൽ തന്നെ മനസ്സ് വയ്ക്കും കൃഷ്ണൻ ഒരു ദിവസം പുഞ്ചിരിക്കുന്നു ഒരു ദിവസം കൃഷ്ണൻ സീരിയസാ കാരണം അന്ന് ഇവര് സീരിയസ് എന്താ കൃഷ്ണൻ എന്താ ചിരിക്കാത്തത് എന്റെ നേരെന്ന് അപ്പൊ ഇവർക്ക് കൃഷ്ണൻ ചിന്തിക്കും ഒരു ദിവസമാണെങ്കിലോ കൃഷ്ണൻ വരുന്നേ ഇല്ല അന്ന് അയ്യപ്പനാ കേറി വരുന്നത് അങ്ങനെ കൃഷ്ണനെ മാത്രം ഭരിച്ച് ചീലിച്ചൊരാൾക്കുണ്ടല്ലോ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ അയ്യപ്പൻ വന്നാൽ സമ്മതിക്കില്ല ഞാനിങ്ങനെ കാണാം അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ ഞാൻ ഒരിക്കലൊരു സ്ഥലത്ത് മെഡിറ്റേഷൻ കണ്ടക്ട് ചെയ്യും ഒരാളുടെ ഞാൻ മെഡിറ്റേഷൻ ചെയ്തിട്ട് വട്ടുപിടിച്ചു പോകുന്നു സ്ഥലയെ കാട്ടണു ചോരാനികരാമ്പലത്തില കണ്ടത് എങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പിനെ ഇത് എങ്ങനെ ഇവിടെ വന്നു പെട്ടു ഇത് എന്ത് പറ്റി എങ്ങനെ ചെയ്ത് ഹനുമാൻ സ്വാമി കേറി വന്നാണ് ഇയാൾക്ക് ഹനുമാനെ കണ്ടുകൂടെയാക്ക് ഇയാൾക്ക് വലിയ കൃഷ്ണഭക്തനാണ് ഹനുമാൻ എന്തിനാ അതിന്റെ ഇടയ്ക്ക് കയറിയത് എനിക്ക് നടക്ക കൊടുക്കാൻ തോന്നി ഇയാൾക്ക് ഹനുമാനെ അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുണ്ട് ഓരോ തരത്തിൽ ഓരോന്നിനും കുരുങ്ങിപ്പോയിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുന്ന ആളുകൾ ശിവൻ ഈ നമ്മുടെ നാട്ടില് കേരളത്തിൽ കുറവാണ് ഈ വൈഷ്ണവന്മാര് ശൈവന്മാരൊക്കെ ഉള്ളൊരു ഗ്രൂപ്പുണ്ട് ഈ വൈഷ്ണവന്മാർക്ക് ശിവനെ അടുത്ത് കൊണ്ടുവിടാം ശൈവന്മാർക്ക് അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകൾ ഇപ്പോഴും നമ്മുടെ ഈ വെളിച്ചം തലയ്ക്ക് കയറാത്ത കുറെ ആളുകൾ ഇപ്പോഴും ഉണ്ട് ആ അവരതിലൊരു കോംപ്രമൈസ് ചെയ്യില്ല അങ്ങനെയുള്ളവരുടെ ഉള്ളിലേക്ക് ഞാനും വന്നാലല്ലോ ആകെ ഡിസ്റ്റേബ്ഡ് ആവുമര് അപ്പോ ഈ തരത്തില എന്തിനാ നമ്മുടെ ആളുകൾ ഡിസ്റ്റേബ്ഡ് ആവുന്നില്ല ഗുരുവായൂരപ്പന്റെ മുന്നിൽ നിൽക്കുമ്പോ എന്തെല്ലാം ശബ്ദകോലാഹലങ്ങൾ ആൾക്കാരുണ്ടാക്കുന്നത് ഒരമ്മ ഇങ്ങനെ എന്താണ് ഭജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുക്കളക്ക് തളിക്കടിക്കുന്നുണ്ട് എന്ത് പറ്റിയത്രേ അപ്പൊ അടുത്തിരിക്കുന്ന ആൾ വിചാരിച്ചയാളെ ഷൗട്ട് ചെയ്താണെന്ന് പറയാതെ ഗുരുവായൂരമ്പലത്തിലൊക്കെ സംഭവിക്കല്ലോ അപ്പൊ അവര് പറയണ ഗുരുവായൂരപ്പനെ ഭാവന ചെയ്യുന്ന സമയത്ത് മഹാഭാരത സീരിയലിലെ ഗുരുവായൂരപ്പനാ വരുന്നത് രദ്രാജ് അത് കേട്ടാള് പറഞ്ഞു അറ്റ്ലീസ്റ്റ് അങ്ങനെങ്കിലും ഒരു കൊലം വരുന്നുണ്ടല്ലോ നമുക്ക് അതും വരുന്നില്ല പാൽ പായസത്തിനു വേണോ മറ്റാൾക്ക് വരുന്നത് അമ്പലത്തിന്റെ ഉള്ളിൽ കയറി അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ ഉടനെ പറയാ എനിക്ക് അതിലല്ല വിഷമം ഗുരുവായൂരപ്പൻ ആ രൂപത്തിൽ വന്നോട്ടെ പക്ഷെ അയാൾ ഏതൊരു അഡ്വർട്ടൈസ്മെന്റിൽ വന്നിട്ട് കോൾഗേറ്റ് ബ്രഷും ബേസ്റ്റും പിടിച്ചിട്ട് വരുന്നുണ്ട് അത് മനസ്സിലേക്ക് കയറി അതാണ് ഈ തലക്കേടിക്കുന്നത് പോടുന്നത് മറ്റേ രൂപം വരുള്ളൂ ഇങ്ങനെ മനുഷ്യ മനസ്സ് ോ ഭാവനകൾ ഉണ്ടാക്കി അതിലങ്ങോട്ട് എന്തുകൊണ്ടാണത് ഇതെങ്ങോട്ടാണ് എത്തിക്കേണ്ടത് എന്നുള്ളത് പറയുന്നില്ല അതാണ് ഇവിടെ അനന്യനൈവയോകേന നല്ല ബോധം ഉണ്ടായിരിക്കണം നമ്മളൊരു രൂപത്തെ എടുക്കുമ്പോഴും നമ്മൾ ബോധം ഉണ്ടാവണം എൻ്റെ മനസ്സിന് ഇപ്പോ സമബുദ്ധി വരാത്തത് ഞാൻ തൽക്കാലത്തേക്ക് രൂപം എടുത്തിരിക്കുന്നത് ആ സമബുദ്ധി വരുന്നത് രൂപം വേണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് രൂപത്തിന്റെ ആവശ്യമില്ല രൂപം എടുക്കണം രൂപം വിടണം രാമകൃഷ്ണ പരമോത്സവരുടെ ജീവിതത്തിൽ ഒരു കഥയുണ്ട് ഈ കാളി ഉപാസന ചെയ്ത് ഉപാസന ചെയ്ത് അദ്ദേഹത്തിന് കാളിയെ വിടാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ അദ്ദേഹത്തിന്റെ പേര് തോതാപുരി എന്നാണ് ഇദ്ദേഹം വരുന്നത് ഈ തോതാപുരി അദ്ദേഹത്തിനോട് പറഞ്ഞു അങ്ങ് കണ്ണടച്ച് ധ്യാനിക്കൂ എന്ന് രാമകൃഷ്ണ പരമോത്സവരോട് അദ്ദേഹം എന്താ മനസ്സിൽ വരുന്നത് എന്ന് ാണ് ഈ രൂപമാണ് വരുന്നത് ഇപ്പൊ രാമകൃഷ്ണ പരമസരോട് പറഞ്ഞു വാള് മേടിക്കു കാളിയിലെടുത്തുന്നതെന്ന് പറഞ്ഞു അത് എന്തിനാണെന്ന് മേടിക്കാൻ പറഞ്ഞു ആ രൂപം പറഞ്ഞു കാളിയുടെ രൂപം രാമകൃഷ്ണ മനസ്സിൽ ഫ്ലാറ്റായി കിടക്കുന്നോടെ ഇത്രയും കാലം ആരാധിച്ച രൂപം മനസ്സിൽ നിന്ന് വെട്ടി മാറ്റാനോ എന്താ അവിടെ നിന്ന് പറയുന്നത് സമ്മതിച്ചില്ല ഗോദാബരി പറഞ്ഞു ഞാനിതാ പോണോന്ന് ഗോദാപുരി എണീറ്റ് പോയി അല്ല ഗുരു എനിക്ക് വേണം അങ്ങയുടെ അനുഭൂതി എനിക്ക് വേണം അങ്ങനെ ഇദ്ദേഹത്തിന് മനസ്സിനെ പ്രിപ്പയർ ചെയ്തിച്ചിട്ട് ആ ഒരു ദിവസം ഒരു വെട്ടല് വെട്ടിയത് ഓർമ്മ പിന്നെ അദ്ദേഹം മൂന്ന് ദിവസത്തേക്ക് എണീറ്റില്ലയാണ് കാരണം ആ രൂപം പോയതോടുകൂടെ എത്തേണ്ടടുത്ത് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചു ഇങ്ങനെയൊക്കെയുള്ള രൂപങ്ങളൊക്കെ കഥകളൊക്കെ കേടുണ്ട് നിങ്ങൾക്ക് അതിലൊന്നും ടെൻഷൻ വേണ്ട കാരണം നിങ്ങൾ ആരെയും പിടിച്ചിട്ടില്ല പിടിച്ചിട്ടുണ്ടെങ്കിലല്ലേ വെട്ടേണ്ട പ്രശ്നമുള്ളൂ അതുകൊണ്ട് പിടിക്കാത്തവരൊന്നും അല്ല സ്വാമിനിപ്പുരുവായൂർപ്പനെ വെട്ടേണ്ടി വരുമോ ഗുരുവായൂരപ്പനെ പിടിച്ചാലല്ലേ വെട്ടം വരുന്നുള്ളൂ ഒരു സിലയിൽ അങ്ങനത്തെ ടെൻഷൻ കൊട്ടും വേണ്ട അതുകൊണ്ട് ഭഗവാൻ പറയുന്നു അനന്യനൈവ യോഗേന രൂപങ്ങളെ എടുക്കാനും നമുക്ക് സാധിക്കണം രൂപങ്ങളെ വിടാനും അതൊക്കെ രസകരമായിട്ട് നമ്മുടെ ആചാര്യന്മാർ ഇത്തരം പറയും രൂപോപാസന എന്ന് പറയുന്നത് ഒരു തോണിയിൽ യാത്ര ചെയ്യുന്ന പോലെയാണ് ആസ് യു ട്രാവൽ ഇൻ എ ബോട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക് എ ട്രാവലിംഗ് ഇൻ എ ബോട്ട് നിങ്ങൾക്ക് ബോട്ടിന്റെ ആവശ്യം വരുന്നത് അക്രികേ കടക്കാൻ വേണ്ടിട്ടാണ് അക്രികേ കടഞ്ഞല്ലോ പണ്ട് മൂന്ന് പണ്ഡിതന്മാർ ചെയ്തതുപോലെ മൂന്ന് പണ്ഡിതന്മാർ തോണി കടന്ന് അക്രികേ എത്തിട്ട് ആചരണം ചെയ്തിട്ട് നമ്മളെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ സ്ഥലത്തേക്ക കൊണ്ടെത്തിയ ബോട്ടിനോട് നമ്മൾ നന്ദി വിളдерേത് വി ഷുഡ് ഹാവ് ഗ്രേറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദിസ് ബോട്ട് എന്ന് പറഞ്ഞോ അവർ ആ മൂന്ന് പേരും കൂടി അതിനെ ച്ച് നടക്കാൻ തുടങ്ങി പണ്ഡിതന്മാരാണ് അവർ മൂന്ന് പേര് പ്രൊഫസർമാരാണ് കാരണം പാണ്ഡിത്യം കൂടുതലോറും എന്തെങ്കിലും വിരുദ്ധങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും മനുഷ്യർ ലൗകിക ലോകത്തില് അതാണ് അപ്പോ ഇവര് തലയിൽ ബോട്ട് വെച്ച് നടക്കുന്ന പണ്ഡിതന്മാരുടെ കഥ ഇതുപോലെ നമ്മള് പിടിക്കുകയും വേണം വിടുകയും വേണം വേണോ സ്വാമികളുടെ ഒരു ഉദാഹരണം വളരെ ആക്റ്റാണ് ഇക്കാര്യത്തിൽ അദ്ദേഹം ഈ ഉപാസന എപ്പോഴും ണക്ട് ചെയ്യാൻ ഈ പോൾവാൾട്ട് കളി ചെയ്താണ് നല്ലൊരുദാഹരണീ പോൾവാൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു കളിയുണ്ടല്ലോ എന്താ പോൾവാൾട്ട് നീളത്തിനൊരു വടിയും പിടിച്ചുകൊണ്ട് ഒരാള് ഓടി വരും കുട്ടും ആ ഒരു ഉയരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വടി വിട്ടോളണം അവിടെ വെച്ചിട്ട് അല്ലേ ആ ബാറിന്റെ അവിടെ എത്തുമ്പോഴേക്കും ആക്ക് വിട്ടോളണം അത് അവിടെ നിന്ന് വിട്ടിട്ടില്ലെങ്കിലോ ഇത്രയും കഷ്ടപ്പെടുത്തി അത് പൊക്കിയ ഞാൻ വിടാൻ പാടുവോ നന്ദി കാണിക്കണ്ടെന്ന് പറഞ്ഞ പിടിച്ചു വെച്ചാൽ അതേപോലെ പറയും വടി മാത്രല്ല വടിയാവുക നാലാ വടി അതുകൊണ്ട് നമുക്ക് പിടിക്കാനും സാധിക്കണം ഏഹ് വിടാനും സാധിക്കുക നിങ്ങൾ ഇതിനൊന്നും ടെൻഷൻ എടുക്കണ്ട നിങ്ങള് പിടിച്ചാലേ ഇവിടുത്തെ പ്രശ്നമുള്ളൂ മനസ്സിലായി നിങ്ങളിതൊക്കെ പോവും ഇനി ഞാൻ വിടയും വേണോ സ്വാമി എന്ന് അദ്ദേഹം പിടിച്ചാലും ഇവിടുത്തെ പ്രശ്നമുള്ളൂ അപ്പോ ഉറപ്പിക്കൂ നല്ല വണ്ണം ഒന്നിൽ പിടിക്കണം സമബുദ്ധി നേടണം ഏഹ് സമബുദ്ധി നേടിക്കഴിഞ്ഞാൽ ക്ലിയർ ആണല്ലോ ഇതാണ് ഭഗവാൻ പറയുന്നത് അനേനൈവയോഗം ധ്യായന്ത ഉപാസത്തെ എന്നെ ധ്യാനിച്ചുകൊണ്ട് ഉപാസിക്കണം അപ്പം ഉപാസന എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഉപമാവിൽ വസിക്കുക ഉപാസന എന്ന് പറഞ്ഞാൽ ഉപസമീപേ വാസം ആരുടെ അടുത്ത് ഭഗവാന്റെ അടുത്ത് വസിക്കുക എന്നല്ലാണ് അപ്പൊ നമ്മള് പൂജാമുറിയിൽ പോയിട്ട് ഭഗവാന്റെ അടുത്ത് ചേർന്നതിന് വിഗ്രഹത്തിനെ അടുത്ത് വെച്ചിട്ട് ഭഗവാനെ ഞാൻ ഉപവസിക്കുകയാണെന്ന് അതിന് ഉപവാസം എന്നല്ല പറയുന്നത് തോതിവാസം എന്നാ പറയ മനസ്സിലായി എവിടെയാണ് വെക്കുന്നത് ഇ ഷുഡ് ബി ഇൻ ദ മൈൻഡ് നോട്ട് ഇൻ ദ എക്സ്റ്റാലും അപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു അതുകൊണ്ട് ഇനി എന്ത് വേണം അങ്ങനെ ആരാണോ ചെയ്യുന്നത് സമർദ്ദ മൃത്യു സംസാരസാഗര േഷാം അവരെ ആരാണവര് ആരാണോ എല്ലാ കർമ്മങ്ങളും എന്നിലർപ്പിക്കുന്നത് അതായത് എല്ലാ പ്രവൃത്തികളും ഞാനവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമായി സ്വീകരിക്കുകയും ചെയ്യുകയും അതേസമയം എന്തുവന്നാലും ഞാൻ കൊടുക്കുന്ന പ്രസാദമായി സ്വീകരിക്കുകയും അതേസമയം അവര് അനന്യമായ യോഗത്തോടുകൂടി എന്നെ ധ്യാനിച്ചുറപ്പിക്കുകയും ചെയ്യുന്നത് അങ്ങനെയുള്ളവരെ അഹംസമുദ്ധർത്ത ഞാൻ അവരെ ഉദ്ധർത്ത എങ്ങോട്ടുയർത്തും മൃത്യു സംസാര സാഗരാൽ ഉദ്ധർത്ത അവരെ മരണത്തിന്റെ സാഗരത്തിൽ നിന്നും ഉയർത്തും അപ്പൊ ഭഗവാൻ ഉയർത്ത സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുന്നൊക്കെ കേട്ടിട്ടില്ലേ ആരെയാണ് ഭഗവാൻ ഉയർത്തുക ഈ രണ്ട് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവര് ചേക്ക് ലഞ്ച് കഴിക്കുന്നവര് രാത്രി ഡിന്നർ കഴിക്കുന്ന ഇവരെ ഉയർത്തുന്നതാണോ പറഞ്ഞത് ആരാണോ കർമ്മങ്ങൾ ഭഗവാനേൽപ്പിച്ചതായി ഉറപ്പിച്ചുകൊണ്ട് സിൻസിയർ ആയി ചെയ്യുന്നത് എന്തു വന്നാലും പ്രസാദമായി സ്വീകരിക്കുന്നവര് ആരെന്ത് പറഞ്ഞാലും പ്രശ്നമില്ല അവർക്കതെല്ലാം അവർക്കതെല്ലാം ഭഗവാന്റെ പ്രസാദം മൂന്നാമത്തത് അനന്യമായ ബോധത്തോടെ മനസ്സിനെ ഭഗവാൻ ഉറപ്പിക്കുന്നത് ഇങ്ങനെ ആര് അഭ്യസിക്കുന്നുണ്ടോ അവരെ ഞാൻ ഉദ്ധർത്ത എവിടെ നിന്നും മൃത്യു സംസാരം അപ്പൊ അവർക്കൊന്നും നോക്കൂ നിങ്ങള് ഭഗവാന്റെ ഭഗവാൻ തന്റെ പണി ചെയ്യാൻ കാത്തിരിക്കുകയാണ് ഭഗവാൻ റെഡിയാണ് ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ട്രെയിനിൽ യാത്ര ചെയ്യണം നിക്ക് ട്രെയിനിൽ നിങ്ങൾ പോവാണ് തൃശ്ശൂരിൽ നിന്ന് വരികയാണ് വിചാരിക്കും നിങ്ങള് കുരുക്ഷേത്രയിലേക്ക് വരികയാണ് അപ്പൊ നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവച്ചിരിക്കണോ നിങ്ങളുടെ വട്ടിയും പെട്ടിയും കുട്ടിയും ചട്ടിയും ഒക്കെ കുറെ കൊണ്ടുവരാനുള്ള സാധനങ്ങൾ അതൊക്കെ എടുത്തിട്ട് അവിടെ വരുന്നു ആ സമയത്താണ് അറിയിക്കുന്നത് യാത്രിക കൃപയാ ധ്യാൻ ബി ജി എന്താ കൃപയാ ധ്യാൻ ചെയ്യേണ്ടത് പണ്ടൊരാള് ചോദിച്ചവര് പോയി പ്ലാറ്റ്ഫോമിലുണ്ടോ ധ്യാനം എന്ന് കൃപയാണ്ടത് haa haa expected train will come on the platform number 2 inda parayimundalo ningal endethu kayi ichi ee patti vettingutti attike hittini ella thappla airport lekku povadallo kore prayasana alle idellam kodi edikkondu varanam kondathu apporthu kekkanda ningal ittri buddhi kaningal neele konida bollakodi therlukodi neragi keri kaerada nera platform ilik irangi ee bhaktha sadhanakke eduthe avada kondu ichu idokke ningalku pettu അപ്പൊ അവിടെ ഒരാൾ കാത്തിരിക്കുകയാണ് മൃത്യു സംസാര സാഗരാൾ സമൃദ്ധർത്ത ഒരു കൂലിക്കാരൻ കൂലി അവിടെ കാത്തിരിക്കുന്നു പോർട്ടർ എല്ലാ വണ്ണമുള്ള ഒരാള് അല്ല ശരിയെന്ന നിങ്ങൾ അവിടെ നിന്ന് കേറിയിട്ടില്ല മൃത്യു സാഗരം തന്നെ കാലമാകുന്ന ട്രെയിൻ വന്ന് മൃത്യു സാഗരത്തിലേക്ക് അപ്പൊ അയാൾ അവിടെ നിങ്ങളെ സമൃദ്ധർത്ത നിങ്ങളെ തൂക്കിയെടുക്കാൻ കാത്തു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് വേണം അനന്യേനൈവയോകേ നമഹം ത്യന്ത ആ സമയത്ത് നിങ്ങൾ ആരൊക്കെ If you start with a wall then tighten your arms. Unless you give your hand, how can he lift? I, I feel you. What if you feel, that would stay with a door. Down the door again. Hello, I was asking now to stop. I, just don't know. Can I have a bed? Deliver it too. Don't worry. If you can to call them, don't say. Now if you do heavy ejercive. കൈപിടിച്ച് ഉയർത്താൻ സാധിക്കും ഇതുപോലെ ഭഗവാൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്താൽ മതി എന്താ ചെയ് ചെയ്യേണ്ടത് ഭഗവാന് കൈ കൊടുക്കാറുണ്ട് ലിറ്ററലി എന്താ ഭഗവാൻ പറയുന്ന കാര്യം മൂന്ന് കാര്യങ്ങൾ മറക്കരുത് ഒന്ന് ഭഗവാൻ തന്നിരിക്കുന്നതാണെന്നുള്ള ബോധത്തോടെ ആത്മാർത്ഥതയോടെ ചെയ്യുന്നു രണ്ടാമത്തത് അനുകൂലമായി വന്നാലും അതല്ല ഭഗവാന്റെ പ്രസാദം മൂന്നാമത്തത് അനന്യബോധത്തോടെ നമ്മൾ ധ്യാനിച്ച് ഞാൻ പഠിക്കണം ഉറപ്പിക്കണം ധ്യാനിച്ച് ഭഗവാനിൽ മനസ്സ് ഇങ്ങനെ ആര് പ്രാക്ടീസ് ചെയ്യുന്നു ഭഗവാൻ കുറച്ചു സംസാര സാഗരം ക്ലിയറാണല്ലോ അപ്പോ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ടോ നിങ്ങൾ വല്ല പൂജകളും ചെയ്യണം വഴിപാട് ചെയ്യണം പാൽപായസം കഴിച്ചാൽ ഞാൻ ഇവിടെ ചേർത്തി തരാം ഇതൊക്കെ പറയുന്നുണ്ടോ നോക്കൂ നിങ്ങൾ ഇതൊക്കെ ആന്തരികമായിട്ടുള്ള മാറ്റങ്ങളാണ് Ogether, like, queda, Harum, to to go, ീ പായസം കഴിക്കുന്നതും പൂജ കഴിക്കുന്നതും ഒക്കെ വാസ്തവത്തിൽ എവിടെ മാറ്റം വരാനായിരിക്കണം ഈ നമ്മൾ ഈ നോക്കുമ്പോഴല്ലോ പൂജകളുടെയൊക്കെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെ വളരെ താത്വികമാണ് അപ്പൊ ത്രിമധുരം ഭഗവാനെ സമർപ്പിക്കണം അമ്പലത്തിൽ ത്രിമദുരം ഉണ്ടാക്കില്ലേ ഈ ത്രിമധുരം നമ്മുടെ ത്രിഗുണാത്മക മനസ്സിനെ സമർപ്പിക്കുന്നതാണത് ഇതെല്ലാം ഒരു വളരെ പ്രായോഗികമാണ് അമ്പലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങള് ചന്ദനം തൊടുന്നു ചന്ദനത്തിരി കത്തിക്കുന്നു വിളക്ക് കത്തിക്കുന്നു അഭിഷേകം ചെയ്യുന്നു ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഭാവാത്മകമാണ് ചന്ദനം നമ്മുടെ തൊടുമ്പുണ്ടല്ലോ ഗന്ധമല്ലേ ഗന്ധമല്ലേ പഞ്ചഭൂതത്തിൽ ഭൂമിയുടെ പ്രതീകമാണത് അതുപോലെ തന്നെ എന്താണ് നമ്മള് പുഷ്പം പുഷ്പം വായുവിന്റെ പ്രതീകമാണ് അതുപോലെ ദീപം അഗ്നിയുടെ പ്രതീകമാണ് ധൂപവും ധൂപവും ഒക്കെ അഗ്നിയുടെ പ്രതീകമാണ് അതുപോലെ പിന്നെന്താണ് ജലം ജലത്തിന്റെ പ്രതീകമാണ് തീർത്ഥം അമ്പലത്തിൽ തീർത്ഥം തരുന്നത് പിന്നെ സോറി ആകാശത്തിന്റെ പ്രതീകമാണ് പുഷ്പം ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി ആകാശത്തിന്റെ പ്രതീകമായി പുഷ്പം ആകാശത്തിന് പുഷ്പം വായുവിന് ഗന്ധം ചന്ദനതിരിയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ പിന്നീട് അഗ്നിയുടെ പ്രതീകമായി ദീപം നമ്മൾ കർപ്പൂരം ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ പിന്നീട് ജലത്തിന്റെ തീർത്ഥം ഭൂമിയുടെ പ്രതീകമായി ചന്ദനം ഇതൊക്കെ വളരെ ഇന്നർ കണക്റ്റഡ് ആണ് ക്ഷേത്രങ്ങളിലൊക്കെ അല്ലാതെ ഇതൊന്നും ഒരു പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങളായി ഉറപ്പിച്ചു വെച്ചില്ല എല്ലാ ആചാരങ്ങളും ശരിയാണ് ആ ആചാരങ്ങളെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വ്യക്തിത്വം കൂടുതൽ കൂടുതൽ ആരോടെടുക്കണം അതാണ് അവരുദ്ദേശിച്ചത് പക്ഷെന്ത് പറ്റിച്ചാൽ നമ്മൾ അത് ചെയ്തില്ലാതെ മാത്രല്ല നമ്മൾ ദൈവത്തിനൊരു ആ കല്ലിൽ ഒരു ദൈവത്തിന് ഉറപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും പലതും പ്രതീക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ ദൈവവുമായി അനന്യബോധം ഉണ്ടാക്കുന്നതിന് പകരം അവിടെ നമ്മൾ ഒരു വീഴ്ച തരുത്തി ഇവിടെയാണ് ആചാര്യന്മാർക്ക് തെറ്റ് പറ്റിയില്ല പൂവികന്മാർക്ക് തെറ്റ് പറ്റിയില്ല ശാസ്ത്രം പഠിക്കാതെ നമ്മൾ തുടർന്നു കൊണ്ടുവന്നു അതുകൊണ്ട് ഭഗവാൻ പറയുന്നു നിങ്ങൾ എന്നിൽ സമർപ്പിക്കേണ്ടത് എന്ത് തന്നെയാണ് ഭവാമിനധിരാത് ഒട്ടും വൈകാതെ ഞാൻ അവരെ ഉയർത്തും മയ്യാദേശിതചേതാം അവരെന്ത് വേണ്ടു മയി ആവേശിത ചേതസാം എന്ത് വേണ്ടു എന്ത് ഭഗവാനിൽ സമർപ്പിക്കണം ചേതസ് ഭഗവാനിൽ അർപ്പിക്കണം ചേതസ് എന്ന് പറഞ്ഞാൽ ഈ വാക്ക് നിങ്ങളെ ശ്രദ്ധിക്കണേ ചേതസ് ചേതസ് എന്നുള്ള ശബ്ദത്തിനർത്ഥം നമ്മുടെ ചിന്തകളിനർത്ഥം ഈ ചേതസ് എന്നുള്ള ശബ്ദം വരുന്നത് ചേതന എന്നുള്ള ശബ്ദത്തിൽ നിന്നാണ് ചിത് ഭഗവാന്റെ ഒരു പേരാണ് ിത് ആനന്ദം അത് ആനന്ദം ചിത് എന്നുള്ള ശബ്ദത്തിൽ നിന്നാണ് ചിത ചിത്തം നക്കുള്ള ശബ്ദം വരുന്നത് ചിത് ചിത്തം അത് ചിന്ത അത് ചിത ഒക്കെ ഒരേ റൂട്ടാണ് സംസ്കൃതത്തില് ഇതൊക്കെ കണക്റ്റഡുമാണ് ചിത് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം ആ ചൈതന്യത്തിൽ നിന്നാണ് ചിത്തം വരുന്നത് ചിത്തം എന്ന് പറഞ്ഞാൽ ചിന്തകളൊക്കെ വരുന്നു ആ ചിന്തകൾ ചിട്ടം ചിന്തകളായി മാറി ചിന്തകളാണ് ചിതയിലേക്ക് നയിക്കുന്നത് ചിത എന്ന് പറഞ്ഞാൽ ദുഃഖത്തിലേക്ക് ചിത എന്താ ബോഡി കൊണ്ടു വയ്ക്കുന്നത് ദുഃഖത്തിലേക്കും വിഷമങ്ങളിലേക്കും നയിക്കുന്നത് അപ്പൊ നോക്കൂ നിങ്ങള് നിന്നും വന്ന സാധനം എത്തിക്കുന്നത് ഹാ ചിതയിലേക്കാണ് നമ്മളെ നയിക്കുന്നത് എവിടുന്നാ വന്നത് ചിത് അതിൽ നിന്നാണ് സംസ്കൃത വാക്കുകളൊക്കെ പഠിക്കുമ്പോണ്ടല്ലോ എങ്ങനെയാണ് ഇതിന്റെ ഉൽപ്പത്തി ഒന്നൊന്നൊന്നിൽ നിന്ന് പോയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അത്ര ഗംഭീരമാണിത് ചിത് ചിത്തം ചിന്ത ചിത എങ്ങനെയാണ് അത് പോകുന്നത് സ്വന്തം മനസ്സിന്റെ യാത്രയാണതൊക്കെ അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ആ മനസ്സിനെ മയ്യർപ്പിത എവിടെ അർപ്പിക്കണം ഭഗവാൻ അർപ്പിക്കണം ക്ലിയർ എന്നിട്ട് പറയാണ് അപ്പൊ അർജുനനൊരു ചോദ്യം ചോദിക്കുകയാണ് ഭഗവാനേ എളുപ്പമാണോ ഈ സംഗതി ഈ ഉറപ്പിക്കുന്ന അതിനൊരു വഴി പറഞ്ഞു കൊടുക്കുകയാണ് മയ്യേവ മന ആദസ്വാ ബുദ്ധിം നിവേശയാ നിവസിഷ്യസി മയ്യേവാ അതൂർദ്ധം ന സംശയാ നിവസിച്ചി മൈ ഏവ യുവർ മൈൻഡ് വിൽ എവർ റിമെയിൻ വിത്ത് മീ നിന്റെ മനസ്സെപ്പോഴും എന്നിൽ വസിക്കും ആരുടെ മനസ്സ് മയേവ മന ആദസ്വ ആരുടെ മനസ്സാണോ എന്നിൽ ആദസ്വ ഉറപ്പിക്കുന്നത് മൈ ബുദ്ധിയും നിവേശയ എന്നിൽ ബുദ്ധിയെ നിവേശിപ്പിക്കുന്നവർക്ക് ഇപ്പൊ എന്താ മനസ്സും ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം നല്ല വ്യത്യാസമുണ്ടോ Is there any difference between mind and intellect? What do you <coughs> think? What do you <coughs> think? Human? What do you think? Human is the Buddha? Human is <coughs> the Buddha? ബുദ്ധി കൺട്രോൾസ് ദ മൈൻഡ് ആണോ എന്നാ പിന്നെ നമ്മൾ ഈ രൂപത്തിലാവില്ലല്ലോ ബുദ്ധിയാണ് മനസ്സിനെ കൺട്രോൾ ചെയ്തതെങ്കിൽ നമ്മൾ എവിടെ എത്തുവരുന്നു അപ്പോ മനസ്സെന്ന് പറയുന്നത് ശ്രതികനെ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും വളരെ ശ്രദ്ധിക്കുന്ന മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളുണ്ടല്ലോ അതെപ്പോഴും പ്രവർത്തിക്കുന്നത് മുമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സോ മൈൻഡ് വർക്ക് പറയുക ലാറ്റൻ ഡി ഇംപ്രഷൻസ് റെക്കോർഡ് ഇൻ ദ സിസ്റ്റം നമ്മുടെ ഉള്ളിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് മൈൻഡ് എപ്പോഴും നിങ്ങൾ നിങ്ങളെതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല രാവിലെ എണീറ്റ് നിങ്ങൾ എണീറ്റ് എന്താ ചെയ്യുക ആരാ തീരുമാനിക്കുന്നത് നിങ്ങൾ രാവിലെ എണീറ്റ് ഉടനെ എന്തൊക്കെ ചെയ്യണം എന്ന് ആരാ തീരുമാനിക്കുന്നത് മനസ്സെങ്ങനെയാ തീരുമാനിച്ചത് ഏ മനസ്സിന് അതൊക്കെ എവിടുന്ന് കിട്ടി അതിനൊക്കെ സംസ്കാരം ഏഹ് അതിനനുസരിച്ച് മനസ്സ് പ്രവർത്തിക്കല്ലോ അപ്പൊ നിങ്ങൾ ഒരാൾ ചീത്ത പറഞ്ഞു നിങ്ങൾ രണ്ട് ചീത്ത അങ്ങോട്ടും പറഞ്ഞു എവിടുന്ന് കിട്ടി മനസ്സിനും ചീത്ത പറയാളെ ശക്തി നേരത്തെ ചീത്ത പറഞ്ഞ് ഏഹ് ശീലിച്ചിട്ടുണ്ട് ഉണ്ടോ ഇല്ലയോ നാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംസ്കാരത്തിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് സൈൻഡ് നിക്കോ ഇനി ബുദ്ധി എന്ന് പറയുന്ന സാധനം ബുദ്ധിക്കെപ്പോഴും ഡിസ്ക്രിമിനേഷനുണ്ട് എല്ലാപ്പഴും വേർതിരിക്കാനുള്ളൊരു മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ആർക്കുണ്ട് ബുദ്ധിക്ക് അപ്പൊ അങ്ങനെ ഒരാളുടെ ബുദ്ധി ആത്മീയ സംസ്കാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേർതിരിച്ചറിയാൻ ആൾക്ക് സാധിച്ചാൽ ഏതിനെ ഏതിനെ വേർതിരിച്ചറിയാൻ സാധിച്ചാൽ തന്റെ ജീവിതത്തിൽ നേടേണ്ടത് എന്താണ് എന്നുള്ള തിരിച്ചറിവുകൾക്കുണ്ടായാൽ നിത്യാനിത്യ വിവേകം അയാൾക്ക് വന്നാൽ വന്നാൽ ഇനി അയാളെ ആ മനസ്സിനെ നിത്യത്തിലേക്ക് പരിശ്രമിച്ചു കൊണ്ടുവരുമ്പം ക്രമേണ ക്രമേണ ക്രമേണ അതും ഒരു എന്തായി മാറും സംസ്കാരമായി മാറും അപ്പം മനസ്സിനാ സംസ്കാരമില്ല പക്ഷെ ആരുണ്ടാക്കിയെടുക്കണം ബുദ്ധി അപ്പൊ നിങ്ങൾ രാവിലെ എണീറ്റാൽ മെഡിറ്റേഷൻ ചെയ്യാൻ മനസ്സ് പറയില്ല പക്ഷെ നിങ്ങൾ ബുദ്ധി കൊണ്ട് മനസ്സിനെ പരിശീലിപ്പിക്കണം ആണോ നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലുള്ള സംസ്കാരങ്ങളൊക്കെ വല്ലതും മാറ്റം വരുത്തിയത് മനസ്സാണോ ബുദ്ധിയാണോ നിങ്ങൾ സ്വയം തീരുമാനിക്കും നിങ്ങൾ ബുദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചതാണോ അതോ മനസ്സ് സ്വയമേവ ചെയ്തതാണോ ഏ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറയണത് എനിക്ക് thing which you developed in your life is it happen because of just like that i know adu ningal verade ningal adil vella prayatnangal cheyittundo have you worked for that ningal pravartichittundo appo ningal nerche edikan padikenu nerche edikittu korchu neram jebikanam ennokke nithikkumbu ningala manasu cooperate cheyilla karanam manasinte palaye samskara prakaram idonnum adinagathu ില്ല പക്ഷെ നിങ്ങൾ ബുദ്ധി കൊണ്ട് ഇൻസിസ്റ്റ് ചെയ്യുമ്പം ക്രമേണ ക്രമേണ മനസ്സതിന് വഴങ്ങി വരുന്നു അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും മറ്റൊരു സംസ്കാരം ഡെവലപ്പ് ചെയ്യുന്നു ശരിയാണോ പറയുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ബുദ്ധി കൊണ്ട് നിങ്ങൾ തീരുമാനിക്കാത്തളം കാലം മനസ്സിനെ ഒരിക്കലും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധ്യല്ല അതുകൊണ്ടാണ് ബുദ്ധി ഉറയ്ക്കണമെങ്കിൽ സത്സംഗം വേണം രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഋഷീശ്വരന്മാരെ ഉറപ്പിക്കാൻ കാരണതാണ് ബുദ്ധി ഉറയ്ക്കാൻ സത്സംഗം വേണം മനസ്സിനെ ഉറപ്പിക്കാൻ അഭ്യാസം വേണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം അഭ്യാസവും സത്സംഗവും വൈരാ അഭ്യാസേനത് കൗന്ദേ വൈരാഗ്യേന കൃഷി വൈരാഗ്യം ഉണ്ടാവണമെങ്കിൽ എവിടെ പോകണം വൈരാഗ്യം ഉണ്ടാവണമെങ്കിൽ വീട്ടിൽ പോകണം സ്വാമി എവിടെ പോകണം വൈരാഗ്യം ഉണ്ടാവണമെങ്കിൽ എവിടെ പോകണം വൈരാഗ്യം ഉണ്ടാവണമെങ്കിൽ മറ്റുള്ളവരുടെ വൈരാഗ്യല്ല പറയുന്നത് പണ്ടൊരു സപ്താഹത്തിന് സപ്താഹമൊക്കെ കഴിഞ്ഞപ്പോ കമ്മിറ്റിയിലെ സെക്രട്ടറി കയറി വിളിച്ചു ഏഴ് ദിവസമായി ശ്രീമൻ ഭാഗവതത്തിലൂടെ വിളിച്ചു പറയണോ ഭാഗവതം പറഞ്ഞിരിക്കുന്നത് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഭാഗവതത്തിൽ ഭാഗവതം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഭക്തിജ്ഞാന പ്രക എന്നാണ് ഭക്തിജ്ഞാന വിരാഗർത്ഥം ഭാഗവതം പ്രദർശിതം എന്നാണ് ഭാഗവതം പ്രദർശിപ്പിച്ചിരിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഏഴു ദിവസമായിട്ട് ഇവിടെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെക്കുറിച്ച് ആചാര്യന്മാര് ഘോര ഘോരം പ്രസംഗിച്ചു ഞങ്ങൾക്കൊരു സന്തോഷ വർത്തമാനം അറിയിക്കാനുണ്ട് ഭട്ടി പണ്ടേ ഞങ്ങൾക്കുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് വൈരാഗ്യം വന്നിരിക്കുകയാണ് എല്ലാവർക്കും വലിയ അതിശയം ഇവർക്ക് എന്ത് വൈരാഗ്യമാണ് വന്നിരിക്കുന്നത് എന്ന് അപ്പൊ അവർ പറയണ കമ്മിറ്റി ഉണ്ടായിരുന്നുള്ളൂ കമ്മിറ്റി രണ്ടായി വളർന്ന ഒരു കമ്മിറ്റിക്കാർക്ക് മറ്റേ കമ്മിറ്റി അംഗങ്ങളോട് ഭയങ്കരമായൊരു അങ്ങനെയുള്ള വൈരാഗ്യം ഉദ്ദേശിച്ചിരിക്കുന്നത് തമ്പലത്തെ അപ്പൊ നമ്മുടെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ മനസ്സ് ഏതാണ് നേടേണ്ടത് ഏതിൽ നിന്നാണ് ഉയരേണ്ടത് എവിടെയാണ് എത്തേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാവണമെങ്കിൽ എവിടെ പോണം ഏ സത്സംഗം വേണം സത്സംഗത്തിലൂടെ രണ്ടു തരം ഉണ്ട് ഒന്ന് പറയും ശ്മശാന വൈരാഗ്യം എന്ന് പറയും അല്ലെങ്കിൽ പ്രസൂതി വൈരാഗ്യം എന്ന് പറയും മനസ്സിലാവൂ നിങ്ങക്ക് ഇല്ല പ്രസൂതി വൈരാഗ്യം എന്ന് പറഞ്ഞാല് പ്രസവിച്ച ഉടനെ ഒരു വിരക്തി വരും അത്രേ അത്രയെന്നും വേദന അനുഭവിക്കേണ്ട ഒരു ഉണ്ടായിരുന്നില്ല ഇനി ഇങ്ങനൊരു പ്രസവം വേണ്ട പക്ഷെ ആ പറയുന്ന പാർട്ടിയെ പിന്നെ പത്ത് പ്രസവിക്കുക അപ്പൊ അതാണ് അതിന്റെ പേരാണ് ഏഹ് പ്രസൂതി വൈരാഗ്യം പെട്ടെന്ന് പ്രസവിച്ച ഉടനെ തന്നെ ഒരു വൈരാഗ്യം വരും അത് കുറച്ച് ഞാൻ ൂ ആ വൈരാഗ്യല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ട വിവേക വൈരാഗ്യം എന്ന് പറയാം വിവേക വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സത്സംഗത്തിലൂടെ പോയി കേട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സതിലേക്കൊന്ന് പോയാലും വേഗം തിരിച്ചുകൊണ്ട് ഇതല്ലല്ലോ എന്റെ മാർഗം അല്ലേ നായം സാധുവിന മാർഗം തിരുവനോട് സ്വയംഭൂമന് പറഞ്ഞു കൊടുക്കാണ് ഈ മാർഗം സാധു ജനങ്ങളെ ഉള്ള ആളുകൾക്ക് ചേർന്നതല്ല നീ മനസ്സിനെ എടുക്കുക തന്നെ വേണം തിരിച്ചയാ കരുണയാ മൈത്രിയാ ചകലജന്തുഷു സമത്വേന സർവാത്മാ ഭഗവാൻ സംപ്രസീതതീന്നൊക്കെ ഭാഗവതത്തിൽ അതിഗംഭീരമായി വർണ്ണിക്കും നാലാമത്തെ സ്കംഭത്തിൽ പതിനൊന്നാം അധ്യായത്തില് അവിടെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് നല്ല നല്ല ശ്ലോകങ്ങളുണ്ട് അതിഗംഭീരങ്ങളായിട്ടുള്ള ശ്ലോകങ്ങൾ ഇപ്രകാരം വിഷയത്തിലേക്ക് വരാൻ നമുക്ക് പറയാണ് വികസിപ്പിക്കണം സത്സംഗത്തിലൂടെ എന്നിട്ട് ആരെ ഉറപ്പിക്കണം മനസ്സിനെ ഈ ഒരു ഭാഗ ശ്രദ്ധിക്കണേ നമുക്ക് മനസ്സിനെ ഒരിടത്ത് ഉറപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് അതിനോട് ഇൻട്രസ്റ്റ് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ബോധം വേണം അതിനെ ബോധം നല്ലവണ്ണം ബോധം ഉണ്ടാവണം ഉദാഹരണത്തിന് നിങ്ങള് സീരിയല് കാണുമ്പം ഈ പറയേണ്ടത് ആവശ്യമില്ല മനസ്സിനെ ഉറപ്പിക്കണം ഇതിൽ നിന്നുള്ളത് വേണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം കാണുന്ന സമയത്ത് ഇന്നലെ നിങ്ങൾ ആ ഷോ കണ്ടു ആ ഷോ കാണുന്ന സമയത്ത് നിങ്ങൾ എത്ര സൈലന്റ് ആയിട്ടാണ് കേൾക്കുന്നത് കാരണം നിങ്ങൾക്കതില് ഇൻട്രസ്റ്റ് ഉണ്ട് ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിൽ നാച്ചുറലി ദൈൻഡ് വിൽ ഗെറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് കോൺസെൻട്രേഷൻ ഉണ്ടോ ഇല്ലയോ എന്നാ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യത്തിലാണെങ്കിലോ ഭർത്താവ് ഭാര്യയോട് പറയാണ് അല്ലെ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഭർത്താവിനോട് ഞാൻ നിങ്ങൾക്ക് ഗീതം അടുപ്പിച്ചു തരാം അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങള് നിങ്ങൾ ചിരിക്കുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് എന്തായിരിക്കും അവസ്ഥ പിന്നെ കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് നിങ്ങൾ വര ഭൂമിയിലേക്ക് വരേണ്ട വ്യാജണ്ടാവില്ല ഏ ധർമ്മേത്രേ കുരുക്ഷേത്രേ സമവേദായു സഭ മാമകാ പാണ്ഡവ ചെയ് വക്കിമകർ ഒരാളെ ജോലി ഒരാള് എന്തെങ്കിലും എടുത്തിട്ടുണ്ടാവും സാധിക്കുമത് മനസിലായി നിക്ക് അതെന്തുകൊണ്ടാ നീക്കം പറ്റാത്തത് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അങ്ങോട്ട് വേറെ വലുതും ഇൻട്രസ്റ്റ് ഉണ്ടാവുക ഒരു പക്ഷെ അദ്ദേഹം പറയാറ് നിനക്ക് ഞാൻ ന്യൂസ് പേർ വായിച്ച് കളിപ്പിച്ചു തരാങ്ങ് അയാൾക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവുക പൊതുവേ അപ്പൊ ഇന്ട്രസ്റ്റ് ഇല്ലാത്ത ഒരാളുടെ മനസ്സിനെ കൊണ്ടുവരാൻ പ്രയാസമാണ് ഇതാണ് ടീച്ചർമാരൊക്കെ പാവം അനുഭവിക്കുന്നത് കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അവൻറെ ശ്രദ്ധ അവിടേക്കും ഇടേക്കൊക്കെ പോവും ടീച്ചർ ഇവിടെ ക്ലാസ് ആ എടുക്കുന്നുണ്ടാവുക അവൻ വല്ല മുക്കിലും മൂലയിലും നോക്കും ക്ലാസ് കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടിയുടെ ശ്രദ്ധ പുറത്താ ടീച്ചർ നോക്കുമ്പോ എന്താ കുട്ടികളിൽ ഭൂരിപക്ഷം പേരും ജനവാദിന്റെ ഉള്ളു കൂടെ പുറത്തേക്കാണ് നോക്കുന്നത് അവിടെ ഒരു കുരങ്ങൻ വന്ന് നിൽക്കണേ ടീച്ചർക്ക് ഭയങ്കര കലിവന്നു കാര്യമായിട്ട് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഒക്കെ കൊരങ്ങേനെ നോക്ക് ടീച്ചർ ഡെസ്കിൽ അടിച്ചിട്ട് പറഞ്ഞു ഞാനിവിടെ നിൽക്കുമ്പോ പിന്നെ ഇതിന് അതിനെ നോക്കണത് എന്ന് കുട്ടികൾക്ക് മനസ്സിലായി പാടില്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ ഇതുപോലെ തന്നെ മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യത്തിൽ മനസ്സൊരിക്കലും പോവില്ല പലരും ചോദിക്കാറുണ്ട് ഈ ഹിന്ദുമതം നേടിയാക്കാൻ എന്താ വഴിയും നിങ്ങളെ ഗീത പഠിപ്പിക്കാൻ ശ്രമിച്ചാലും ഭാഗവതം പഠിപ്പിക്കാൻ ശ്രമിച്ചാലും ആളുകൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പൊ ഇൻട്രസ്റ്റ് എങ്ങനെ വരുത്താം ഇൻട്രസ്റ്റ് വരുത്തണമെങ്കിൽ ബോധവൽക്കരണം വേണം അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവണം നമുക്ക് ആ വിഷയത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം അൺലത്ത് യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സബ്ജക്റ്റ് ദൻ നാച്ചുറലി നമുക്കൊരു ആ ശ്രദ്ധ വരും നിങ്ങൾക്ക് പുറത്തു പോകണം അത്യാവശ്യം രാത്രി നിങ്ങൾ ഇവിടെ താമസ ജയറാം ലോഡ്ജിൽ താമസിക്കുന്നവർ ആശ്രമത്തിൽ താമസിക്കുന്നവർ രാത്രി ഇവിടെ ഒറ്റയ്ക്ക് ഒരാൾ പോവുകയാണ് പോകുന്ന സമയത്ത് നിങ്ങളോട് പറയാനും ശ്രദ്ധിക്കണം വഴിയിൽ രണ്ട് പട്ടി കിടക്കുന്നുണ്ട് എന്ന് ഒന്നിന് സുഖല്യാ എന്ന് പറഞ്ഞ നിങ്ങളെ വിട്ടു കഴിഞ്ഞാൽ നിനക്ക് നല്ലവണ്ണം ശ്രദ്ധ വരും കാരണം നിങ്ങക്ക് അതിന്റെ കോൺസിക്വൻസ് നിങ്ങൾ ചിന്തിക്കുമ്പോ അത് എവിടെ വന്നു നിക്ക് ശ്രദ്ധ അതിന്റെ ഒരു യു തിങ്ക് അബൌട്ടി കോൺസിക്വൻസ് ആണോ അല്ലയോ നിങ്ങളോട് പറയാണ് നിങ്ങളുടെ റൂമിലെ ബാത്റൂമിൽ നിങ്ങൾ നടക്കുമ്പോ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ബാത്റൂമിൽ കയറുമ്പോ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങക്ക് ശ്രദ്ധ വന്നത് എനിക്കറിയാം കാല് രണ്ടും ടി വി ആന്റണിയെ പോലെ പോകും എന്നുള്ളത് പിന്നെ ഹോട്ടൽ ഹോസ്പിറ്റലിൽ പോയി ചൂക്കിണ്ടി വരും ആ ബോധം ഉണ്ടാവും താഴെ കടന്നു കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ലാന്നുള്ളത് ഈ ബോധം നമുക്ക് ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു ഏകാഗ്രത വരുത്തും ഇതുപോലെ നമുക്ക് നല്ല വണ്ണം എന്ത് വേണം ബോധ എനിക്ക് നേടേണ്ടത് ആരെ തന്നെയാണ് എന്നിൽ നടന്നിരിക്കുന്ന ഇത് സത്സംഗത്തിലൂടെ ഉറപ്പി അതുകൊണ്ടാണ് ബുദ്ധിം നിവേശയ നിങ്ങളുടെ ബുദ്ധിയെ എന്നിലേക്ക് നിവേശിപ്പിക്കണം എന്നാൽ ആരെ ഉറപ്പിക്കാൻ പറ്റും അങ്ങനെ ഒരാള് പരിശീലിക്കുകയാണെങ്കിൽ അവർക്ക് നിവശിഷ്യമയേവ എവിടെ തന്നെ വസിക്കാം അത് ഊർജ്വം എന്ന സംശയ പിന്നെ അവർ എന്നിൽ നിന്നും ഊർജ്ജം പറഞ്ഞാൽ വിട്ടുപോകുന്ന പ്രശ്നം മനസ്സിലാവേണ്ടത് നിക്ക് അതുകൊണ്ട് നമുക്ക് ഏറ്റവും പരമപ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് സത്സംഗവും സത്സംഗം കൊണ്ട് ബുദ്ധി ഉറപ്പിക്കണം രണ്ടാമത്തത് അഭ്യാസം കേവലം സത്സംഗം മാത്രം പോരാ കേവലം സത്സംഗം മാത്രം പോരാ സത്സംഗത്തിലൂടെ മനസ്സിലാക്കിയതിൽ ഏഹ് അഭ്യസിച്ച് നിങ്ങൾ ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ കഴിഞ്ഞ ഉടനെ ഭക്ഷണമൊന്നും വെക്കാൻ പഠിച്ചു നിനക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തു ഈ പുസ്തകം വായിക്കും റെസിപ്പിയുടെ പുസ്തകമൊക്കെ വായിക്കും എന്നിട്ട് പിന്നെ അതിനനുസരിച്ച് കാരറ്റ് ഹൺഡ്രഡ് ഗ്രാം ബീട്രൂട്ട് ഹൺഡ്രഡ് ഗ്രാം ഈ ബീൻസ് ഹൺഡ്രഡ് ഗ്രാം ഇതൊക്കെ ചെത്തി മുറിച്ച് അരിഞ്ഞ് ഇതൊക്കെ എത്തി മസാലപ്പൊടി എത്തിരി ചില്ലി പൗഡർ എത്ര ഗ്രാം സാൾട്ട് ഇത്ര ഗ്രാം നിങ്ങൾ പുസ്തകം നോക്കിട്ടാണ് എടുത്തത് കാരണം അറിയാൻ എത്ര ഗ്രാം എത്ര ഗ്രാം ഈ റെസി അങ്ങനെ സ്ത്രീ ഇതൊക്കെ ഉണ്ടാക്കി ട്വന്റി മിനിറ്റ്സ് യു ടു ട്വന്റി മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് ഇളക്കി ഇളക്കി ഇളക്കി കഴിഞ്ഞ ടേസ്റ്റ് നോക്കും പ്രത്യേക സാധനം അപ്പോഴാണ് മനസ്സിലാക്കിയിരിക്കുന്നത് തീ കത്തിച്ചിട്ടില്ലേ അത് അതിന്റെ അത് എഴുതിയിട്ടില്ല പുസ്തകത്തിന് അത് എഴുതിന്റെ ആവശ്യമില്ല കോമൺ സെൻസ് അല്ലേ അത് എഴുതില്ലേ പുസ്തകം ഇളക്കി നോക്കിയിരിക്കുന്നത് ഇതാണ് അപ്പൊ ഇതുപോലെ നാം ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അതിനെ പ്രായോഗികമാക്കാൻ ഇളക്കി നോക്കണം അപ്പോഴേ ഈ പറഞ്ഞതൊക്കെ ശരിയാണോ അല്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ മനസ്സ് ഉറപ്പിക്കുക ബുദ്ധി ഉറപ്പിക്കുക എന്നൊക്കെ പറയുന്നതാന്നുള്ളത് അപ്പൊ അർജുനൻ ചോദിക്കാൻ പറയുന്നതൊക്കെ വളരെ വളരെ ഈസിയാണ് കൃഷ്ണ പക്ഷെ ഇറ്റ്സ് വെരി ടു ഫിക്സ് ദൈൻഡ് ഇൻ യു അതിനെന്താ വേണ്ടത് ചിട്ടം സമാധാദും അതാ അർജുന അങ്ങനെയാണെങ്കിൽ ചിത്തം സമാധാദും മൈ എന്നിൽ നിന്റെ ചിത്തത്തെ സമാധ സമാധിക്കുക എന്നാണ് ഇന്ന ശക്രോഷി നിനക്ക് ഉറപ്പ് ശക്തി പോരാ എന്നുണ്ടെങ്കിൽ സ്ഥിരമായി നിന്റെ മനസ്സിനെ എന്നിൽ ഉറപ്പിക്കാൻ നിനക്ക് വേണ്ടത്ര ശക്തിയില്ലെങ്കിൽ എന്തു വേണം അഭ്യാസയോഗേന അതോ എന്ത് വേണം അഭ്യാസം അപ്പൊ നമ്മൾ ഇത്തിരി പരിശ്രമിച്ചു നാളെയും കുറച്ച് പരിശ്രമിച്ചു അങ്ങനെ ക്രമേണ ക്രമേണ പയ്യെ തിന്നാൽ അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ ഈ ആമേന്റെ മയ കഥ കേട്ടിട്ടില്ലേ സ്ലോ എൻ്റെ ഇതുപോലെ നമ്മൾ ക്രമേണ ക്രമേണ ക്രമേണ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എത്തിച്ചേരാം ഭഗവാന്റെ അതും ഇന്ന് ഹിന്ദു സംസ്കാരത്തിനെ പറ്റി പാളിച്ചെന്താന്ന് വെച്ചാൽ പലരും ആരംഭിക്കും പക്ഷെ റെഗുലാരിറ്റി ഇല്ല ഇപ്പൊ നിങ്ങൾ കുരുക്ഷേത്രത്തിൽ വന്ന് പോയാലും രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ചുനേരൊക്കെ ചെയ്യണം മനസ്സിലായില്ലേ ഒരമണിക്കൂറെങ്കിലും ഈ എക്സസൈസൊക്കെ ഒക്കെ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്കെങ്കിലും നമ്മുടെ മനസ്സിനെ നമ്മൾ ആരിലും ഉറപ്പിക്കണം ഒരു സുഖം തോന്നുന്നില്ലേ നീക്ക് ചെയ്തിട്ട് ഉണ്ടോ ഇല്ലയോ ഒരു റിലാക്സേഷൻ നമുക്കൊരു ടെൻഷനൊക്കെ ഫ്രീ ആയത് പോലെ അപ്പൊ ഇത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതോറുണ്ടല്ലോ ക്രമേണ ക്രമേണ ഈ ടെൻഷനൊന്നും അല്ല ജീവിതം ഇതിൽ ഉയരാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട് ഇതൊക്കെ ഈ ടെൻഷനൊക്കെ എന്റെ വ്യക്തിത്വത്തിന്റെ ഒരു ചെറിയൊരു അംശം മാത്രം ഞാൻ അതിന് എന്തിരിത്ര പ്രാധാന്യം കൊടുക്കണം ഇത് നമുക്ക് മനസ്സിലാവും നമുക്ക് അതിൽ നിന്നും നമ്മുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് നമ്മളെ എന്നും ഒരു യൗവനത്തിൽ മെന്റൽ യൗവനത്തിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കും മനസ്സിലായില്ലേ പ്രായം പോയാലും മനസ്സ് പ്രായത്തിന്റെ കൂടെ പോവില്ല അതല്ലേ വേണ്ടത് ഒരു റിലാക്സേഷൻ എന്ത് സംഭവിച്ചാലും പാലം കുലുങ്ങിയാലും ആ ഒരു അവസ്ഥ നിഷ്കമ്പി നിത്യപൂർണി ആ ഒരു അവസ്ഥയൊക്കെ നമുക്ക് വരാൻ തുടങ്ങും അതൊരു ധൈര്യമല്ലേ മനസ്സിന് ധൈര്യല്ലേ അല്ലെങ്കിൽ ഇനിയിപ്പോ കുരുക്ഷേത്രത്തിന് പോയാൽ ഇനി എന്ത് സംഭവിക്കുന്നുള്ള ചോദ്യം ഉണ്ടാവില്ല ഇനിയിപ്പം വീട്ടിലൊരാള് മരിച്ചാലും ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ സമീപനം മാറും ആരെങ്കിലും മരിച്ചാലും നിങ്ങൾ എന്ത് പറയും നവഹാനികൃണ്ാദിനി ഭാവം അയാളൊരു വസ്ത്രം മാറ്റിയിരിക്കുകയാണ് അയാൾ എങ്ങോട്ടും പോയിട്ടില്ല അയാൾ ഇനിയൊരു പുതിയ വസ്ത്രം അടുത്തവിടെ വരും ഞാൻ അതിനെന്തിനത്ര പരിഭ്രമിക്കണം അത് അഡ്രസ് ഇതൊരു നല്ലൊരു ചിന്തനാണിതൊക്കെ രാമകൃഷ്ണ പരവംശ ശരീരോപേക്ഷിച്ചപ്പോ ചാരദാദേവി കരഞ്ഞു എന്നാണ് ശാരദാദേവിക്ക് കരച്ചില് വന്നു അപ്പോ ആ ശാരദാദേവിയുടെ ആ കരച്ചിലുള്ള സമയത്ത് തന്നെ ശാരദാദേവിയുടെ മുന്നില് രാമകൃഷ്ണ പരമസരി വന്ന് പറയുന്നത് പോലെ തോന്നിയെന്നാണ് ഈ കൽക്കട്ടക്കാർക്ക് സംസ്കാരം എന്താന്ന് വെച്ചാൽ പശ്ചിമബംഗാളില് ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാല് ആ ആഭരണങ്ങളൊക്കെ മാറ്റണം കഴുത്തിൽ നിന്ന് പൊതുവെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ സ്ത്രീകള് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ താലി എന്താച്ചാൽ കഴുത്തിലിട്ടിരിക്കണമൊക്കെ ചെതയില് കൊണ്ടു ഇടണം എന്നൊക്കെയാണ് വെപ്പ് ട്രൂത്ത് വെൻ ലേഡി ഷുഡ് ആ സാലിൻ്റെ അത് ഏ ഇല്ല അതൊക്കെ കൊണ്ട് സമർപ്പിക്കണമെന്നാണ് ഭർത്താവിന്റെ ചെതയോട് ചെതയിൽ സമർപ്പിക്കണം അങ്ങനെ കൊണ്ട് ആ ഒരു സംസ്കാരമൊക്കെ പണ്ടുകാലത്തുണ്ടായിരിക്കാം ഭാരതത്തില് ഏതായാലും ഈ വള ഉടയ്ക്കുന്നത് അവർക്കൊരു വേറെ രീതിയിലാണ് മാലയൂരി വളയൊക്കെ ഉടയ്ക്കുന്നത് അത് കുറെ കാലമായിട്ട് അങ്ങനെ കടന്ന് കടന്ന് കടന്ന് കടന്ന് അങ്ങനെ വലിയ ഉറച്ചിരിക്കുന്ന സമയത്ത് ശ്രീ രാമകൃഷ്ണ പരമോസ് ഒരു അശരീരി പോലെ പറഞ്ഞു എന്നാണ് എന്താ ദേവി ഈ കാണിക്കുന്നത് എന്താ ഈ കാണിക്കുന്നത് എന്ന് അപ്പോ ദേവിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഈ മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോയതിന് വള പൊട്ടിക്കുന്നാ ചോദിക്കുന്നത് ഞാനൊരു ഐ ഹാവ് ചേഞ്ച് ഓൺലി വൺ റൂം ആണ് അതല്ലാതെ ഞാൻ എങ്ങട്ടാ പോയിരിക്കുന്നത് ദേവി എന്താ ഈ കാണിക്കുന്നത് അപ്പൊ മരിച്ചു പോയി എന്നുള്ള ചിന്തനത്തിൽ നിന്നും മരിച്ചു പോയിട്ടില്ലേ ആ ശരീരം ആ വസ്ത്രം മാറി ഒരു മുറി വിട്ട് മറ്റൊരു മുറിയിലേക്ക് അതിനെന്തിനാ എത്ര പരിഭ്രമിക്കേണ്ടതുള്ളത് എന്നാണ് ഇതൊക്കെ എത്ര വലിയ മനസ്സിന്റെ ഉറച്ച സംസ്കാരമായിട്ട് നമുക്ക് മാറണം അപ്പൊ അങ്ങനെയൊന്നും നമ്മള് പതരാൻ പാടില്ല നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണം ഈ ആള് മരിച്ചു പോയല്ലോ എന്നൊക്കെ ഉള്ളത് മരിച്ചു പോവല്ലോ ചെയ്തത് ആള് ഏ എന്താ ആളെന്താ ചെയ്തിരിക്കുന്നത് വസ്ത്രം രാമായണത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ജീർണവസ്ത്രം കളഞ്ഞം ബോടുമാനുഷൻ പൂർണശോഭം നവ വസ്ത്രം ഉണ്ടോ രാമായണത്തിലാണോ എവിടെയും വായിച്ചൊരു വരും ഓർമ്മ ഉണ്ടായിരിക്കും ആണോ അല്ലേ ആ പൂർണശോഭം നവദേഹം ധരിച്ചിടും ഇതുപോലെ ദേഹിയും ജീർണദേഹം മാറ്റി ഏ പരിപൂർണമായിട്ട് മറ്റൊരു ദേഹം ഇതൊക്കെ നമുക്ക് ഉറപ്പിച്ചു വെച്ചാലുണ്ടല്ലോ നമ്മളെ തളർത്താൻ ഒരാളുടെ സാന്നിധ്യത്തിനോ അസാന്നിധ്യത്തിനോ ധൈര്യം ഉണ്ടാവില്ലേ മനുഷ്യ മനസ്സിന് നല്ല ധൈര്യം തരാൻ ഗീതയ്ക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് എന്നിൽ മനസ്സിനെ ഉറപ്പിക്കാൻ നിനക്ക് പ്രയാസമുണ്ടെങ്കിൽ എന്തു ചെയ്യണം എന്തു ചെയ്യണം അഭ്യാസം ഗീതം നിങ്ങൾക്ക് പഠിക്കാൻ പ്രയാസം എന്തോ തോന്നുന്നുണ്ടോ അഭ്യസിച്ചു നോക്കൂ നിങ്ങൾ എനിക്കൊരു വലിയൊരു അനുഭവം ഒരു എൺപത്തിരണ്ട് വയസ്സായ ഒരു ഹൈസ്കൂൾ റിട്ടയർഡ് ടീച്ചർ ഞാൻ കാണണ്ടായി ഇവർക്ക് ഈ പ്രഭാഷണൊക്കെ കേട്ടാൽ ഭയങ്കര ആവേശം എന്നിട്ട് അവരുടെ എൺപത്തിരണ്ടാമത്തെ വയസ്സില് രണ്ടാമത്തെ അധ്യയം മുഴുവൻ പൈഹാട്ട് പിടിച്ചു ഇന്നത്തെ കാലത്ത് പറയാ എൺപത്തിരണ്ട് വയസ്സായാൽ ആള് ബോധമില്ലാത്ത ജീവിതം തന്നെ പറയാ എന്നാൽ നമുക്ക് അങ്ങനെയൊക്കെയുള്ള ജീവിതം വാർത്തെടുക്കാൻ സാധിക്കും പ്രായമൊന്നും ആർക്ക് ബാധകല്ല മനസ്സിനെ ബാധകല്ല അപ്പം കുറച്ചു നേരൊക്കെ ഇരുന്ന് ഒരധ്യായൊക്കെ വായിക്കണം ഉറപ്പിക്കണം നല്ലവണ്ണം കേട്ട് കേട്ട് കേട്ട് ഉറപ്പിക്കണം സ്വയം പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ കാസെറ്റ് മേടിക്കുക എന്നൊക്കെയാണെങ്കിൽ ഗീതയൊക്കെ പണ്ടത്തെ പോലെയല്ല ഒരുപാട് ഒരുപാട് ഒരുപാട് ഇത്തരത്തിലുള്ള ക്യാസറ്റുകളും സീഡുകളൊക്കെ ഒന്നും കിട്ടില്ലേ പണ്ടൊക്കെ ഈ നോക്കൂ നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതൊക്കെ അവൈലബിൾ ആയിരുന്നില്ല അത്ര ഉണ്ടോ നമ്മൾ കുറേ കൂടി ഭാഗ്യവാന്മാരാണ് നമ്മുടെ മുന്നുള്ള തലമുറകൾക്ക് ഇന്നിപ്പോ നമുക്ക് എന്തെല്ലാം സംവിധാനം ടി ഉണ്ട് എന്താണ് പേപ്പറി കോർഡർ അല്ലെങ്കിൽ സീഡി വി സീഡി ടെക്നോളജിയിൽ നമ്മൾ എത്ര ഉയർന്നിരിക്കുകയാണ് എന്നിട്ട് ഈ സംവിധാനങ്ങളൊക്കെ നമ്മൾ കുറച്ചെങ്കിലൊക്കെ പ്രയോജനപ്പെടുത്തിയിരിക്കണം പാവം പണ്ടുള്ളവർക്ക് എന്താ സിഇഡിയില്ല ഈ ഡിയില്ല രാവിലെ ഇറങ്ങി പോയാൽ പിന്നെ പക്ഷെ അവർക്കൊന്നുണ്ടായിരുന്നോ ഒരിക്കൽ കേട്ടാൽ അതവിടെ പൊറത്ത് നിൽക്കും ഇന്ന് നമുക്ക് ഒരിക്കൽ ഇത് പറഞ്ഞിരിക്കുന്നു ക്ലേശോ അധിക തരോ ഓക്കെ പിന്നെ അത് വേണ്ടാത്തതൊക്കെ കൊണ്ട് കേട്ടി വെച്ചത് കൊണ്ട് വേണ്ടതൊന്നും കേറുന്നില്ല അതായത് സംവിധാനങ്ങൾ ടെക്നോളജി വന്നതോടുകൂടി മാറി ആ അപ്പം അഭ്യാസയോഗ്യേന നിരന്തരമായ എനിക്ക് തോന്നുന്നു ഭഗവാൻ ആവർത്തിച്ചൊരു വാക്കായിരിക്കും ഏത് അഭ്യാസം അപ്പം ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ അഭ്യസിക്കാത്തടത്തോളം കാലം ഒരു ദൈവത്തിനും നമ്മളെ പിടിച്ചു ചേർക്കാൻ ചെയ്യുന്നത് സാധ്യത അപ്പൊ നമ്മുടെ അഭ്യാസത്തിന് വളരെ വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു പുതിയ കൾച്ചർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു പുതിയ സംസ്കാരത്തെ നമ്മള് അധ്യസിച്ച് ഉണ്ടാക്കി എടുക്കണം ആണോ ഏത് സംസ്കാരവും അഭ്യാസത്തിലൂടെയാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് നിങ്ങള് ബോംബെയിലേക്ക് വന്ന് താമസിച്ചവർക്ക് ബോംബെയിലേക്ക് എത്തിയ ഉടനെ തന്നെ ഹിന്ദി മനസ്സിൽ കയറുക ഇല്ല തമിഴ്നാട്ടിലേക്ക് വന്ന ഉടനെ തന്നെ തമിഴ് കയറുവോ കൽക്കട്ടയിലേക്ക് വന്ന ഉടനെ തന്നെ ബംഗാളി തലയിലേക്ക് വരുവോ ഇല്ല കർണാടകയിലേക്ക് കയറിയ ഉടനെ തന്നെ കന്നഡ വരുവോ കന്നട കൊത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർ പറയാം ഒരാൾ കേരളത്തിൽ നിന്ന് വന്നാണ് കന്നട കൊത്തു എന്ന് അപ്പൊ അയാൾ കേൾക്കണത് കന്നടയ്ക്ക് കുത്തു മലയാളത്തിന്റെ തലത്തിലേ മനസ്സിലാവുള്ളൂ വേറെന്തായൊക്കെ മനസ്സിലാവും അപ്പൊ ഇങ്ങനെ ഓരോ നാട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് ആ ഭാഷ മനസ്സിലായില്ലേ പിന്നെ നമ്മൾ പൊട്ടത്തരം പറഞ്ഞ് വെടിത്തം പറഞ്ഞ് പിന്നെയാണ് മനസ്സിലാക്കി ഇത് പറയാൻ പാടില്ലേ ഇത് എന്റെ സ്ഥലത്താണ് പറയേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി ക്രമേണ ക്രമേണ എങ്ങനെയാ നിങ്ങൾ ആ ഭാഷ അഭ്യസിച്ച് അഭ്യസിച്ച് അവർ പറയും ഏ മാഡം ഐസാനോ അപ്പൊ നമുക്ക് മനസ്സിലാവും ഇവിടെ എങ്ങനെ പറയണം അവിടെ അങ്ങനെ പറയണം അങ്ങനെ നമ്മൾ ഓരോന്ന് പഠിച്ചെടുത്ത് അഭ്യസിച്ച് പഠിച്ചെടുത്തിട്ടാണ് പെർഫെക്റ്റ് ആവുന്നതെങ്കിൽ പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് അതുകൊണ്ട് ഭഗവാനും പറയുന്നു ആത്മീയതയിലും എന്ത് വേണം റെഗുലാരിറ്റി ഇൻ പ്രാക്ടീസ് അത് ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് അതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യരുതെന്ന് അപ്പൊ അർജുനൻ ചോദിക്കേണ്ട കൃഷ്ണ ഈ പറഞ്ഞതൊക്കെ ശരി ഈ യുദ്ധക്കളത്തിന്റെ നടുവിലെത്തിന് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോകാൻ പാടുവോ എന്നാ കൃഷ്ണ ഒരു പത്ത് മിനിറ്റ് ഞാൻ ധ്യാനിച്ചിട്ട് വരാന്ന് യുദ്ധം ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോഴേ യുദ്ധത്തിന്റെ ക്ലൈമാക്സിൽ നിൽക്കുന്ന സമയത്താണ് അഭ്യസിക്കാൻ പോയാൽ ശരിയാവുമോ അപ്പോൾ എളുപ്പന്താണ് അതായത് വെൻ ഐ ആം ഇൻ ദ ബാറ്റിൽ ഫീൽഡ് അല്ലെങ്കിൽ വെൻ ഐയാം ഇൻ പ്ലീസ് വേർ ഹാവ് ടു ഡു സം ആക്ഷൻ ഹൗ കൺ ഐ പ്രാക്ടീസ് എന്നാണ് വേ യു ടോൾഡ് ഐ കാൻ പ്രാക്ടീസ് കാരണം അവിടെ ഇരുന്നിട്ടൊന്നും ध्यान के पे अ वही भगवा पर अभ्यास्यसमसी मकर्मो भवर्तमिक सिद्धिम व्यसी अभ्यास ും നിനക്ക് സാമർഥ്യം കഴിവില്ല എന്ന് തോന്നുകയാണെങ്കിൽ മത് കർമ്മപരമോഭവ എന്റെ കർമ്മങ്ങൾ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങൾ നീ ചെയ്താൽ മതി അപ്പൊ വേണ്ട ഏത് ശ്രദ്ധ കൊടു കൊടുക്കുക ഈ കർമ്മങ്ങളൊക്കെ ആര് ചെയ്ത് ഏറ്റു തീരിക്കുന്നതി ചെയ്യുന്നവനോ ഓർമ്മ നിമിത്തമാത്രം ഞാനൊരു ഇപ്പൊ ഈ കർമ്മങ്ങളൊക്കെ ഭഗവാനേൽപ്പിച്ചിരിക്കുന്നതാണ് ഞാനൊരു നിലിത്തം മാത്രമാണ് ഞാൻ എന്റെ കർമ്മം ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഞാൻ കർമ്മം ചെയ്യുന്നുള്ളതല്ല ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങളെ ഞാൻ ചെയ്യാനുള്ള ഒരു ഉപകരണം ഭഗവാൻ സെലക്ട് ചെയ്തിരിക്കുന്നു മാത്രം അങ്ങനെ നീ മതർത്ഥമികർമാണി തനിക്ക് കർമ്മം ചെയ്താൽ പോലും സിദ്ധിം അവാപ്സിനക്ക് എന്ത് സിദ്ധിയെ നീ കൈവരിക്കുന്നു അപ്പൊ സിദ്ധി കൈവരിക്കാൻ എവിടുന്നു തുടങ്ങാം ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ മതി ഏതിനോടുള്ളത് അപ്പൊ ചിലര് ജോദിക്കാരന്റെ വീടും കാര്യങ്ങളും കൊണ്ടു നടന്നാൽ അതിൽ കുരുങ്ങില്ലേ എനിക്ക് ധ്യാനിക്കാനൊന്നും സമയമില്ല സ്വാമി എനിക്ക് രാവിലെ എണീറ്റാൽ ഓഫീസിൽ പോണം ഭർത്താവിന്റെയും രണ്ട് കാര്യങ്ങൾ നോക്കണം അവരെ നോക്കി വീട്ടിൽ നിന്ന് ഓഫീസിൽ പോയി അവിടുത്തെ കാര്യങ്ങളും കഴിഞ്ഞ് വീണ്ടും വീട്ടിലെത്തി കഴിഞ്ഞാൽ വീണ്ടും കുട്ടികളുടെയും മക്കളുടെയും കാര്യം നോക്കണം ഭർത്താവിന്റെയും കാര്യം നോക്കണം അപ്പോഴേക്കും ഞാൻ രാത്രി ടയർഡായി കിടന്നുറങ്ങി അതിനിടയ്ക്ക് ധ്യാനിക്കാൻ എവിടെ പറ്റും i find very difficult to do the meditation then angle ullu oral samsara jhagare magnam alkunna rakshapadanulla vayi illi bhagavan paraynu avarkum avarkum rakshapadanulla vayi illu endidha mathi idokka jnanana cheynathu ende bhartavine jan nokunu ende makale jan nokunu ennokayulla oru manobhavam onnagade maattite idokka bhagavan ele etichirikeyana jan adine nokkanulla oru ഉപകരണം മാത്രാണ് അതുകൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഭഗവാനോട് എനിക്കിതിനൊരു ഭാഗ്യം തന്ന ഭഗവാനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധത്തോടുകൂടി ആ കർമ്മങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുകയും ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെയൊക്കെ നമുക്ക് ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ക്രമേണ മനസ്സാരിലേക്ക് തിരിയും പക്ഷെ എളുപ്പമാണോ അത് നമ്മൾ ചെയ്യും നമുക്കൊരു നിങ്ങളൊരാൾക്ക് ചെയ്യും തോറും നിങ്ങൾക്ക് പ്രതീക്ഷ കൂടില്ലയോ നിങ്ങൾ ഭക്ഷണൊക്കെ ഉണ്ടാക്കി വെച്ചു അറിയാതെ ചോദിക്കില്ലേ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഉണ്ടോ ഇല്ലയോ ഇല്ല ഒരു നല്ല രീതിയിലുള്ള റിപ്ലൈ അല്ല വന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും അതിനുള്ള മനോഭാവം ദിവസവും നിങ്ങൾ ഭക്ഷണം വെച്ച് കൊടുക്കുന്ന സമയത്ത് പറയാന് ഉള്ളില്ലേ വൃത്തി സാധനം എന്നാലും വൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കഴിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ സമീപനം പിന്നെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഉത്സാഹം ഉണ്ടാവോ ഉണ്ടാവൂല്ലയോ ഞാൻ നന്നായിരുന്നു പറഞ്ഞാലോ അപ്പൊ സന്തോഷം അപ്പൊ നമുക്ക് പ്രതീക്ഷ ഇല്ലേ പ്രതീക്ഷക്കനുസരിച്ച് റിസൾട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ശരിയാവുമോ അപ്പൊ നിങ്ങൾ എന്നെ ഒക്കെ പറയുന്നു അപ്പം ഇനി മാറ്റിയെടുക്കണം എന്താ മാറ്റിയെടുക്കേണ്ടത് നന്നായി ചോദിക്കണം നന്നായി ഇല്ല എന്ന് പറഞ്ഞാലും ഏ നന്നായിപ്പോ നന്നാബോ നന്നാവില്ലയോ എന്നൊക്കെ പറയാനുള്ളത് ഓരോരുത്തരെയും ആശ്രയിച്ചിരിക്കും നല്ല വെച്ചിരിക്കുന്ന ഒരാൾക്കാണ് അത് കൊടുത്തിരിക്കുന്നതെങ്കിലോ അത്ര നല്ലൊരു ഭക്ഷണം കിട്ടിയല്ലോ എന്ന് വിചാരിക്കും ഉണ്ടോ ഇല്ലയോ നീക്കിന്ന് ഫുള്ള് ഭക്ഷണം തരാതെ വൈകുന്നേരം രാവിലത്തെ പൂരി തകാലല്ലോ നിങ്ങൾ ഒരാ അതെങ്കിലും കിട്ടിയല്ലോ എന്ന് അപ്പൊ ആ സാധനം വളരെ നന്നായിരിക്കുന്നു എങ്ങനെയാ നന്നായത് വിശപ്പുള്ളവർക്കെല്ലാം നന്നായി വിശപ്പില്ലാത്തവർക്ക് സൂപ്പ് കഴിച്ചതിന്റെ മുകളിൽ ചോറ് കഴിച്ചാൽ ചോറിന് ടേസ്റ്റ് തോന്നു വൃത്തിയില്ല അപ്പൊ നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച പിന്നെ അടുത്ത ഭക്ഷണത്തിന് ഒരിക്കലും ഏഹ് ടേസ്റ്റ് അവരോട് നന്നായില്ലെന്നൊക്കെ പറഞ്ഞാൽ അവരേ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാധനത്തിന്റെ കുഴപ്പാവില്ല ഒരു പക്ഷേ വിശപ്പിന്റെ ഉഴപ്പാണ് ഭക്ഷണത്തിന്റെ രുചി നിശ്ചയിക്കുന്നത് വസ്തുവല്ല ഭക്ഷണത്തിന്റെ രുചി നിശ്ചയിക്കുന്നത് വിശപ്പാണ് അല്ലേ നല്ല വിശപ്പുള്ള ഒരാൾക്ക് ഏത് ഭക്ഷണം കൊടുത്താലും സോ ടേസ്റ്റി എന്ന് പറയും ഉണ്ടോ ഇല്ലയോ രണ്ടു ദിവസം നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഭക്ഷണം കണ്ട് കിട്ടുമ്പോണ്ടല്ലോ ഹാവ് സമാധാനം നമ്മൾ ഇനി യാത്രക്ക് പോകുമ്പോ കാണാം എന്താ കിട്ടുന്നത് ൂ എന്നുള്ളതാണ് യാത്രയൊക്കെ ചെയ്യുമ്പോഴത് അറിയില്ലോ നമ്മള് ഒരു ഭാഗത്ത് ഇരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല കിട്ടിയത് നിങ്ങൾ ബന്ധിന്റെ നൊക്കെ എവിടെയെങ്കിലും പെട്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ബന്ധക്കുള്ള എന്താ കിട്ടിയ ചപ്പെടുത്ത് കഴിക്കും കാരണം അതിനൊരു നമുക്ക് ആ വിശപ്പ് വന്നാൽ പിന്നെ നമ്മൾ നല്ലതാണോ ചീത്തയാണോ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്തെടുക്കണം എന്ത് നമ്മള് കൊടുക്കുകയും വേണം നല്ലതാണോന്ന് ചോദിക്കുകയും വേണം എന്നാൽ എന്ത് പറഞ്ഞാലും അതിനെ ഉൾക്കൊള്ളുകയും ഒരാൾ എന്ത് കിട്ടിയാലും പറയാ കമന്റ് പറയാ ഇതുപോലെ പട്ടികയും കൊടുക്കാൻ പറ്റുന്ന അയാളുടെ നാവിന്ന് അതേ വരുള്ളൂ ഭാര്യയ്ക്ക് ഇയാളെ മടുത്ത് ഭാര്യ വിട്ടുപോയി ഇയാളെ ഒരു ജോലിക്കാരനെ വെച്ചു കുക്ക് ചെയ്യാൻ കൂലിക്കാരന് ഈ ജോലിക്കാരൻ മനസ്സിലായി ഇയാളുടെ വായിന്ന് മറ്റേതേ വരുള്ളൂ എന്ന് എന്നാലും ഇയാളുടെ പിറന്നാള് വന്ന സമയത്ത് ഒരു പ്രത്യേകമായിട്ടൊക്കെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പത്തിരുപത് വിഭവം സാമ്പാറൊക്കെ ഒളപ്പിച്ചു വെച്ചു എങ്ങനുണ്ട് സാറിന് ഓ പട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന അല് വിട്ടുകൊടുത്തില്ല എന്നാ കുറച്ചുകൂടി വിളമ്പിട്ടേന്ന് ചോദിച്ചു നിങ്ങളും അതും തമ്മിലൊന്നും വ്യത്യാസത്തില് ചിലര് അങ്ങനെ കമന്റ് പറഞ്ഞ് ശീലിച്ചവരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ ഒരാൾക്ക് സാധ്യല്ല ആ കൾച്ചർ അങ്ങനെ ഡെവലപ്പ് ചെയ്തു പോയി ചിലർക്ക് എന്തിലും വിമർശിക്കുന്ന ആൾക്കാരുണ്ട് ശരിയാണത് അപ്പൊ വളരെ വളരെ ശ്രദ്ധിക്കൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ വേണം സമീപനത്തിൽ മാറ്റം പറ്റും അതൊക്കെ എന്തൊരു രസമായിരിക്കുന്നറിയോ അങ്ങനെ പരിശീലിച്ചെടുക്കും എന്ത് വന്നാലും ശരി ഇതുപോലെ നല്ലൊരു സാധനം ജീവിതത്തിൽ അത്ര നമ്മളൊരു സമീപനം മാറ്റി കഴിഞ്ഞാൽ ഏതും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും നമ്മൾ വളരെ ഫ്രഷായിരിക്കും ഒരുപക്ഷെ ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടമല്ലെങ്കിലും ഏഹ് ഞാനിത് പഠിച്ചിരിക്കുന്നു ഞാൻ എന്റെ ജീവിതാനുഭവാണ് ഞാൻ ഒരിക്കലും സ്ഥലത്ത് പോയപ്പോ ഒരു ആശ്രമത്തിൽ പോയപ്പോ കർണാടകയിലാണ് അപ്പൊ അവിടുത്തെ ഒരു ആശ്രമത്തിൽ ചെന്നപ്പോ അവൻ്റെ അടുത്തുള്ള അമ്മമാര് കുറെ മാങ്ങിയൊക്കെ മുറിച്ചോണ്ടോ തീരെ പഴുക്കാത്ത മാങ്ങ അപ്പൊ അത് മുറിച്ചു തന്നപ്പോ അവിടെ സ്വാമിയോ ഖാവ് മഹാരാജ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വളരെ പ്രേമത്തോടുകൂടി കൊണ്ടുപോയി കഴിപ്പിക്കുന്നു അപ്പൊ ഞാനത് കഴിക്കുമ്പോൾ പുള്ളിച്ചിട്ട് ചരണമില്ല എന്റെ പല്ലിനാണെങ്കിൽ ഇനാമിനൊക്കെ പോയിട്ട് നല്ല പുളി ശരീരം നല്ലോണം അറിയുന്നുണ്ട് ഞാനിങ്ങനെ വിളിക്കായിരുന്നു കൈസലെന്നു വെച്ചു അപ്പെനിക്ക് മനസ്സിലായി എന്തെങ്കിലും പറഞ്ഞതിന്റെ ഞാൻ പെട്ടെന്ന് ആൻസർ പറഞ്ഞില്ലേ അപ്പൊ എന്റെ കൂടുതൽ ആളുകൾ കേറില്ല അത്ര പുളി അപ്പൊ ഞാൻ ജയിച്ചോ ചോ ആപ്പു കൈസല എത്ര ചോദിച്ചു ൂത്ത് ഞാൻ പറഞ്ഞ ജൂട്ടിനെ പോലെ മഹാരാജൻ പറഞ്ഞു ഇങ്ങനെ മുഖത്ത് നോക്കി കള്ളതരം പറയാൻ പാടോ അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എനിക്ക് വളരെ വല്ലാതെ തീരൂ ചെയ്തു അയാൾ പറയാനാജി ലേഖേനാൻ തോറ്റോട്ടന്ന് ഓ എന്തൊരു ഷാർഥായിരുന്നുള്ളത് ഞാൻ അവരുടെ മാങ്ങയല്ല നോക്കുന്നത് ആ മനസ്സിനെ ഇത്രയും വീട്ടിലേ ഇത്ര മധുരമായിട്ട് നിങ്ങൾ വന്നിട്ട് കൊണ്ടു തന്നില്ലേന്നല്ലേ അപ്പൊ ആ സമീപനാണ് അത് മാറ്റും പണ്ടല്ലോ ഏ ആ ശബരിയെ പോലെ അപ്പൊ ആ ഒരു സമീപനം മാറ്റുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് കൂടി വരികയാണ് അതാണ് നമ്മുടെ അപ്രോച്ചാണുള്ളത് അതാണ് ഈ മഹാത്മാക്കളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് പറയാം അപ്പൊ യുദ്ധക്കളത്തിൽ അർജുനന്റെ മാറ്റുന്നത് യുദ്ധക്കളം മാറ്റുന്നില്ലേ കൃഷ്ണ എന്തോ ഭീഷ്മരും അതസ്ഥാനത്ത് തന്നെയാണ് ദ്രോണാചാര്യരും അതേ സ്ഥാനത്താണ് നേരത്തെ അവരെയൊക്കെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടിയ അർജുനന്റെ മനസ്സിനെ വീണ്ടും അവരെ അഭിമുഖീകരിക്കാനുള്ള ഒരു മനോഭാവം കൃഷ്ണൻ കാണിച്ചു കൊടുക്കണം അർജുനൻ ടേൺ ചെയ്യാണ് നേരത്തെ വീക്കായിരുന്ന അർജുനന്റെ മനസ്സ് സ്ട്രോങ് ആയിട്ട് മാറുകയാണ് ഇതാണ് ഭഗവാൻ സാധിക്കുന്നത് ഇതുപോലെ നമുക്കും നമ്മുടെ സമീപനത്തിലൊക്കെ വേണമെങ്കിൽ മാറ്റം വരുത്താൻ ട്രെയിനിങ് ആവശ്യമുണ്ട് അതാണ് ഭഗവാൻ പറയുന്നത് ഇവിടുന്ന് തുടങ്ങും എവിടുന്ന് കർമ്മങ്ങളിൽ നിന്ന് തുടങ്ങും അപ്പൊ നിനക്ക നല്ല ഉറച്ചിരിക്കുന്നുണ്ട് ഈ കർമ്മങ്ങൾ ചെയ്യുന്ന ഇതൊന്നും മാറാൻ പറ്റില്ല എനിക്ക് യുദ്ധക്കളത്തിന് അപ്പൊ ഈ കർമ്മരംഗം തന്നെ ഇത് ഭഗവാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണെന്നുള്ള ബോധത്തോടു കൂടി നീ ചെയ്യുക അപ്പൊ നിനക്ക് മാറ്റം വരും അർജുനാണ് അപ്പൊ അർജുനൻ അല്ലേ അറിയാലോ അർജുനന്റെ മനസ്സ് അപ്പൊ അർജുനൻ മനസ്സിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവിടെ വെച്ചിട്ട് കൃഷ്ണ ഞാൻ അങ്ങേൽപ്പിച്ച കർമ്മമായിട്ട് എനിക്ക് ചെയ്യാൻ തോന്നോ യുദ്ധക്കളത്തിൽ കോംപ്ലിക്കേഷൻ ആണ് മറ്റുള്ള കർമ്മം പോലെയല്ല കാരണം യുദ്ധക്കളത്തിൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ വീറും വാശിയൊക്കെ കൂടി അപ്പം ഭഗവാൻ എത്തിച്ചാണെന്നൊന്നും തോന്നില്ല അവൻ മനസ്സിന്റെ ഒക്കെ ബാലൻസ് പോവും അപ്പൊ എന്താ വേണ്ടത് അപ്പൊ ഭഗവാൻ മറ്റൊരു വഴി പറഞ്ഞു കൊടുക്കാന് എന്താണത് അതൈതദത്യശക്തോദ്യോഗ്രിതാം സർവകർമ്മഫലത്യാഗം യാത്മവാൻ അതേതപ്യശക്തോസിവൻ ദിസ് ഈസ് ഇംപോസിബിൾ ഫോർ യു ഇഫ് യു ഫീൽ ലൈക്ക് ദാറ്റ് ഈവൻ ദിസ് ഈസ് ഇംപോസിബിൾ ഫോർ മീ എന്ന് നീ ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് ഏതത് അതി അശക്ത അസി ഇതും എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പ്രയാസമാണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ കർത്തും മദ്യോഗമാസത എന്നിൽ ആശ്രയിച്ചിട്ട് കർത്തും കർമ്മം ചെയ്യാൻ എനിക്ക് പ്രയാസമാണെങ്കിൽ സർവകർമ്മഫലത്യാഗം ആ എന്താണ് കർമ്മം രജിക്കാനല്ല പറഞ്ഞത് കർമ്മഫലത്യാഗം തഥക്കുരു അത് ചെയ്തുകൂടെ അപ്പൊ കർമ്മഫലത്യാഗം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരുപക്ഷെ നീ വിജയിച്ചാൽ വിജയിച്ചാൽ ഞാൻ വിജയിച്ചു എന്നിട്ട് അഹങ്കരിക്കും വേണ്ട നിനക്ക് വേണ്ടപ്പെട്ടവര് നഷ്ടപ്പെട്ടാൽ അവര് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കുറ്റബോധം വേണ്ട അതായത് നീ രണ്ടിനെയും ഉൾക്കൊള്ളാൻ ഫലത്യാഗം ചെയ്യാന്ന് പറഞ്ഞാൽ ആർക്ക് ഫലത്യാഗം ചെയ്യും ആർക്കാണ് ഫലത്യാഗം ചെയ്യ ആർക്ക് ഫലത്യാഗം ചെയ്യും ആർക്കെങ്കിലും ഫലത്യാഗം ചെയ്യണ്ടേ ത്യാഗം ചെയ്യണ്ടേ ആർക്ക് ചെയ്യണം ആ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് അപ്പൊ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ അനുകൂലമായി വന്നാലും രണ്ടും ഭഗവാന്റെ നിയോഗമാണ് നിശ്ചയമാണ് പ്രസാദമാണ് എന്നുള്ള രീതിയിൽ ഏ അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ നിനക്കെന്ത് കിട്ടും എന്ത് കിട്ടും ബലവും കിട്ടോ സർവകർമ്മഫലത്യാഗം ഗുരു യഥാത്മാവാൻ ഫലവും കിട്ടുവോ എന്താ കിട്ടുക അർജുനൻ എന്തോ കിട്ടും എന്താ കിട്ടുക ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ അപ്പൊ അവിടെ പറഞ്ഞു അർജുന അർജുൻ ജോസു രണ്ടു കൂട്ടരുണ്ട് രൂപത്തെ ഉപാസിക്കുന്നവരുണ്ട് തത്വത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നവരുണ്ട് ആരെയാണ് അങ്ങേക്ക് വെജിറ്റേറിയനാണോ അതാണോ ചോദ്യം ആരെയാണ് അങ്ങനെക്കിഷ്ടം ഭഗവാൻ പറഞ്ഞു എന്റെ തത്വത്തെ ഉപാസിക്കുന്നവരേക്കാൾ എനിക്കിഷ്ടം രൂപത്തെ ഉപാസിക്കുന്നവരാണ് അപ്പൊ ഈ തത്വം അവരെ ഇഷ്ടം നല്ല ഞാനും ഒന്നായി തീർന്നു എങ്ങനെ അവരൊന്നായി തീർന്നു സമബുദ്ധി കൈവരിച്ചു എങ്ങനെ സമബുദ്ധി കൈവരിച്ചു ഇന്ദ്രിയ സംയമ്യ ശ്രദ്ധ ഇന്ദ്രിയ നിന്നും എവിടേക്ക് തിരിച്ചു കുറച്ച് നനക്കെട്ടിട്ടുണ്ട് കുറച്ചൊന്നും നിലക്കെട്ടിട്ടാണ് അവരെത്തിയത് അപ്പൊ ഭഗവാനായി പിന്നെ എല്ലാവരും നിർഗുണോപാസകന്മാരല്ലേ നല്ലത് അവിടെ എത്തിച്ചേരാനോ അല്ല ദേഹബദ്ധികളായിട്ടുള്ള ആളുകൾക്ക് ദേഹബോധം വിടാത്ത ആളുകൾക്ക് ഈ ശരീരത്തിന്റെ പ്രശ്നങ്ങൾ അലട്ടുന്ന ആളുകൾക്ക് മനസ്സ് റിലാക്സ്ഡ് ആളുകൾക്ക് ടെൻഷൻ വിട്ടു പോവാത്ത ആളുകൾക്ക് ബി പി ഉള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഭാര്യ പേടിയല്ല മറ്റേ രണ്ടു തരം ബി പിന്നെ ബി ജെ പിന്നു പറഞ്ഞിട്ടൊരു വിഭാഗം ജന്മനാ പേടിപ്പുണ്ട് എന്നാലും ഇവിടെ ഒന്നുമില്ല ഏ കേട്ടില്ല ഓ അങ്ങനെയുണ്ടാകും കുട്ടിയോട് ക്ലാസ്സിൽ ചോദിച്ചില്ലേ ടീച്ചർ അറ്റടക്കം എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടി അമ്മ അച്ഛനെ അടക്കം ചെയ്യുന്നതാണ് ചടങ്ങ് അങ്ങനെയുള്ളവരുണ്ട് ഏതായാലും ഇവിടെ അല്ലേ ഞാനിതൊന്ന് ഉദ്ദേശിക്കുന്ന പൊതുവെ കാണാറുണ്ട് ഇവിടെയൊക്കെ നിങ്ങളൊക്കെ ഉഗ്രൻ ഉഷാറ് ശ്രേഷ്ഠന്മാര് ഗീതാസത്വങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നത് ഏതായാലും ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോ അർജുനനോട് ചോദിക്കാൻ എന്നാ എല്ലാവർക്കും സാധ്യമല്ലല്ലോ ദേഹവത്തിയായിട്ടുള്ള ആളുകൾക്ക് സാധ്യല്ല അപ്പൊ അവരെവിടെ തുടങ്ങണം രൂപത്തെ തുടങ്ങും വേണം കർമ്മങ്ങളൊക്കെ ഭഗവാൻ തന്നിരിക്കുന്ന അപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കണം കർമ്മഫലങ്ങളൊക്കെ പ്രസന്നതയോടെ സ്വീകരിക്കണം പ്രസന്നത വിടരുത് എന്ത് വന്നാലും പ്രസന്നയല്ല അർത്ഥം മാറരുത് വിടരുത് പ്രസന്നത വിടരുത് രണ്ടും വ്യത്യാസമുണ്ട് അങ്ങനെ പണ്ടൊരു സർദാർജി യോഗാ ക്ലാസ്സിൽ പോയി ഇദ്ദേഹത്തിന്റെ യോഗാ പ്രാക്ടീസ് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഗുരുവിനെ കാണാൻ പറ്റും ഗുരുവി ചെങ്ങനെണ്ട് കൈസലത്തെ സ്ലബ് ചലത്തെ ഏതാങ്ങി ചെയ്യാൻ പറ്റാത്തത് ഈ നാസികയുടെ അറ്റത്ത് അങ്ങ് നോക്കണം എന്ന് പറഞ്ഞില്ലേ അത് മാത്രം നടക്കുന്നില്ല അതെന്ത് പറ്റി ഭാര്യയ്ക്ക് ട്രാൻസ്ഫർ ആയിരുന്നു ഭാര്യയ്ക്ക് ട്രാൻസ്ഫർ ആയതുകൊണ്ട് അങ്ങനെന്താ ഈ നാസികാഗ്രഹത്തിൽ നോക്കാൻ പ്രയാസം പറഞ്ഞോ അവള് നേരത്തെ പോകും പിന്നെ ചെയ്യാൻ പറ്റുന്നില്ലയാണ് ഭാര്യ പോയിക്കോട്ടെ ഭാര്യ പോയിട്ടുള്ള സമയത്താങ്ങനെ ചെയ്തുകൂടെ അവള് പോയാൽ പിന്നെ ജയ സാർ അതിന് ഭാര്യ പോയതിൽ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് പിന്നെ ആരുടെ മുഖത്തേക്ക് നോക്കുന്നത് അപ്പൊ അയാള് രാവിലെ എണീറ്റിട്ട് യോഗ ചെയ്യുമ്പോ മൂക്കിന്റെ അറ്റത്തേക്ക് നോക്കുന്ന അയാളുടെയല്ല ഭാര്യയെ പിടിച്ചെടുത്തിട്ട് ഭാര്യയുടെ മൂക്കിന്റെ അറ്റത്തേക്ക് രാവിലെ നോക്കുന്നത് സ്വന്തം മൂക്കിന്റെ അറ്റത്തേക്ക് നോക്കാൻ പറയാം അല്ലേ നല്ലത് ഭാര്യയുടെ മൂക്കിന്റെ അറ്റത്തേക്ക് നോക്കാം ഇങ്ങനെയുള്ള ആളുകളോട് എന്താ പറയുക ഇതുപോലെ ഭഗവാൻ പറയുന്നു അർജുന എന്താ വഴി ഏ ദേഹവദ്യായിട്ടുള്ള ആളുകൾക്ക് രൂപം കഴിഞ്ഞാൽ ഏ കർമ്മങ്ങളെല്ലാം ഭഗവാൻ നിയോഗങ്ങളായി സ്വീകരിക്കണം എന്ത് അനുഭവങ്ങൾ വന്നാലും എന്തു വിടരുത് പ്രസന്നയെ വിട്ടാലും പ്രസന്നത വിടരുത് അതാണ് പ്രസന്നു പറഞ്ഞ ആരും ഇല്ലില്ല ഇവിടെ ഉണ്ടോ കുറച്ചുപേരുണ്ടോ അപ്പോ പ്രസന്നത വിടാൻ പാടില്ല മൂന്നാമത് വയും കിട്ടുമ്പോഴൊക്കെ എന്തു ചെയ്യണം അനന്യബോധത്തോടെ ധ്യാനിക്കണം അത് മറന്നു ഈശ്വരൻ ഒരിക്കലും നമുക്ക് ആരായി തീരരുത് അന്യരാവരുത് ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞാലും പട്ടീല വാല് ഇനി നാളെ മറ്റന്നാളൊക്കെ വൈഷ്ണവിയിലെത്തുമ്പോൾ സ്വഭാവം മാറുന്ന എങ്ങാനും കാണട്ടെ ഞാൻ ദൈവത്തിന്റെ മുന്നിൽ അപ്പോഴേക്കും യാചകന്റെ കഥ പറഞ്ഞ പോലെ ലോട്ടറി ആൾക്കാരെ കാണുമ്പോ ഗ്ലാസ് ആ ശീലം വരരുത് ഇതുപോലെ അമ്പലത്തിൽ എത്തുമ്പോഴേക്കും യാചകന്റെ സ്വഭാവം വരരുത് ഭഗവാനെ ഇങ്ങോട്ട് കിട്ടണം എന്ന് ഒരിക്കലും പറയരുത് മനസ്സിലായില്ലേ കുട്ടിക്കാലത്തെ ശീലിച്ചു പോയി നിങ്ങളത് ഇങ്ങോട്ട് താ കൃഷ്ണ ഇങ്ങോട്ട് താ കൃഷ്ണ ഇങ്ങോട്ട് താ തോറിട്ട് കുട്ടി പാടിയത് പോലെ ദൈവമേയും കൈത്തൊഴാം കേക്കുമാറാക്കെ പഠി പഠിച്ചു പോയി നിങ്ങൾ അപ്പോ അങ്ങനെ എന്നെ നേരെയാക്കണം നേരെയാക്കണം എന്റെ വീട്ടിലെ പ്രശ്നങ്ങള് ഇത് ദൈവത്തോട് പറഞ്ഞാലേ ദൈവം ചെയ്തു തരുള്ളൂ എന്നുള്ള ആ ധാരണ വാസ്തവത്തിൽ ഈശ്വരനിൽ നിന്നും നമ്മുടെ മനസ്സിനെ അകറ്റുകയാണെന്നുള്ള അറിഞ്ഞുകൊണ്ട് ചെയ്യും അത് ഏറ്റവും വലിയൊരു നമ്മുടെ ഈശ്വരനിൽ നിന്നും പാപം ഭഗവാൻ അർജുനനെ അനകൻ എന്ന് വിളിക്കും അനകൻ എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് മുക്തനായവെന്ന് എപ്പോഴാണ് നമ്മൾ പാപം ചെയ്യുന്നത് പാപം നമ്മുടെ ജീവിതത്തിൽ പാപമാവുന്നത് അനന്തമായ ഈശ്വരനിൽ നിന്നും ഞാൻ വേറെയാണെന്നുള്ള തോന്നലാണ് ഏറ്റവും വലിയ പാപം ആ പാപത്തിൽ അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ചിപ്രംഭവതി ധർമാത്മാതി മതികറ്റി ഓർമ്മയുണ്ടോ നിനക്ക് എവിടെയാണ് പറഞ്ഞത് എവിടെയാണ് അങ്ങനെ ശ്ലോകം പറഞ്ഞത് ഓർമ്മ ഒമ്പതാമത്തെ എടുക്കു അതിൽ രണ്ട് ശ്ലോകങ്ങളുണ്ട് അഭിചേതു ദുരാചാരോ അജദേ മാമനന്യ ഭാക് സാതുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ ്രംഭവതി ധർമാത്മാശാന്തി മതിഗതി കൗന്ദേയ പ്രതിജാനേഹി നമേ ഭക്തപ്രണശ്ചി ഒമ്പതാമത്തെ അധ്യയത്തിൽ കണ്ടു എത്രാമത്തെ ശ്ലോകങ്ങളാണ് മുപ്പതും മുപ്പത്തൊന്നും ഈ രണ്ട് ശ്ലോകങ്ങൾ അപ്പൊ നോക്കൂ ദുരാചാരനായിരുന്നു അയാൾ പക്ഷെ അയാൾ എന്ത് ചെയ്തു അനന്യവാത്മാം ഭജത എന്നെ എങ്ങനെ ഭജിച്ചു അപ്പൊ അനന്യത വരുമ്പോഴേക്കും അയാൾ ധർമാത്മാവായി നേരത്തെ പാപാത്മാവായിരുന്നു ാപം എന്ന് പറയുന്നത് ഭഗവാനെ നമ്മളിൽ നിന്നും വേറെയാക്കുന്നതാണ് സത്യത്തിൽ ഉണ്ടല്ലോ ഇതല്ലേ ഏറ്റവും വലിയ പാപം അതുകൊണ്ട് അങ്ങനെ ഭഗവാൻ പറഞ്ഞിട്ട് പറഞ്ഞു നീ നിനക്ക് ഈ അഭ്യാസം ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ സത്സംഗങ്ങളിൽ പോയി കാര്യം മനസ്സിലാക്കി മനസ്സിനെ എന്നിൽ പ്രവർത്തിക്കണം അതും നിനക്ക് സാധിക്കില്ലെങ്കിലോ കർമ്മങ്ങൾ ഞാൻ തന്നതായിട്ട് കരുതി ചെയ്യൂ ഇനി അതും പറ്റിയിട്ടില്ലെങ്കിലോ കർമ്മഫല ത്യാഗം ഗുരു കർമ്മഫല ത്യാഗം ഗുരു എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും ഏ ആ ഭഗവത് പ്രസാദമായി പ്രസന്നതയോടെ സ്വീകരിക്കണം എങ്ങനെ മുഖത്തെന്ത് പോകരുത് പ്രസന്നത അത് നിങ്ങൾക്കൊക്കെ ഉണ്ട് ഇന്ത്യ അകത്തല്ല പറയേണ്ടത് മുന്നിലും വെച്ച് നിങ്ങളൊന്ന് വഴുതി വീഴട്ടെ നിങ്ങളുടെ മുഖത്ത് പ്രസന്നത അപ്പോഴും ഉണ്ടാവും എല്ലാവരുടെ മുന്നിൽ ഞാൻ കണ്ടതല്ലേ കൊളത്തില് വീണിട്ട് ഓരോരുത്തൊക്കെ മുഖം മുഖത്ത് ഒരു പ്രസന്നത കുറഞ്ഞ അണ്ടോ നല്ല വേദന ഉണ്ട് ചിലർക്ക് ട്ട് പക്ഷെ മറ്റുള്ളവരെങ്ങനെ കാലം പ്രതികരിക്കുന്നുള്ളത് കൊണ്ട് മുഖത്തെന്ത് വിടില്ല ഇല്ലേ ഒരു പ്രശ്നമില്ല അവിടെയൊക്കെ തൊട്ടാ പ്രശ്നാണ് നോക്കൂ പ്രസന്ന പറയാൻ പറ്റുമോ